അതസ്ടോധ്യായ അനശ്രിതകർമ്മഫല കാര്യം കർമ്മയാ സീച്ചോ ചിരക്ഷം നാക്ം സി പ്രഹു യോഗം തം വിദ്യ പാണ്ഡവ ചയസ്തസങ്കൽപ്പോ യോഗീഭവതി കൃഷന ആരുക്ഷോർമുനിഗം കർമ്മമുച്യോരുൂഢതാരണമുച്യാധിന്ദ്രിത് ുഷജത്തെ സർവസല്പന്നസ യോഗൂഢത്തുച്യത്തെ മുരേദാത്മനമവാധാത്മൈവത്മനോ ബന്ധു ത്മൈവ രിപുരാത്മനുരാത്മാത്മനസ് തേനത്മൈവാത്മന ജിത അനസ്തു ചു വർദാത്മൈവ ശത്രുവത് ജിതാത്മന പ്രശാന്സ പരമാത്മാത ശീതോഷസുഖദുഃഖേഷു താമാനയോ ജ്ഞാനവിജ്ഞാനമാ ൂടസ്ഥോ വിജിന്ദ്രി യുക്തേ യോഗീ സമലോഷ്ടാത്മകാഞ്ചന സുഖം മിത്രുദാസീന അധ്യസ്ഥന്ധുഷ ുഷപാവു സമബുദ്ധിർവിശിഷ്യത്തെ യോഗീ യുഞ്ചീതമാനം രഹ സിഷ്ട ഏകാഗീയത ചിട്ടത്മാ നിരാശീരപരിഗ്രഹ ശുജോദേശ പ്രതിഷാ നിരമാസനമാത്മനുസരിതം നാതിലീജം കൈരാജിന് യചിത്തെ കുപാസയുജ്യോം ആത്മവിശുദ്ധേ സമം കാഗ്രീവം ധാരയൻ അജലം സ്ഥിര സമ്പ്രേച്ചാതികാഗ്രം സ്വ ിശാനവലോകയൻ പ്രശാത്മാവിഗതഭീ ബ്രഹ്മചാരീവ്രേ സ്ഥിത മനഃ സംയമ്യമിത്തോ യുക്താസീദമത് പര യുഞ്ചേവം സദാത്മാനം ോകീ നിയതമാനസം നിർണപരമാധിഗതി നൈകാതമനശ്നാതിസ്വ്നശീല ജാഗ്രതോ നൈജാർജുന योगो യുക്തസ്വപ്നോധ യോഗോപതി यदा ം ചിത്ത ആത്മല്യേവത്തെ നിസ്പൃഹസാഭ്യോ യുക്തേ തീവോ നിവാദസ്േക്കേ സോപമാസ്മദ യോഗിോ യിത്തുഞ്ജതോ യോഗമാത്മന യോ പരമദേ ചിത്ത നിരുദ്ധം യോഗസേവൈത്മനത്മാനം പശ്യാത്മനിഷ്യതി സുഖമാത്യന്തികം യത് ബുദ്ധിഗ്രാഹ്യതീന്ദ്രി വേട്ടിയത്രൈവായ ശിരശനദി നം ലാചാ ലാഭം മഞ്ഞത്തെ ത യൻ സ്ഥിതോ നുഃഖേന ഗുരു സംവിദിയ ദുഃഖ സംയോ വിയോം യോഗ സച്ചിതം സ നിശ്ചയോ യോഗോ നിർവിനചേത സങ്കൽപ്പ പ്രഭവാൻ കാ തർവാനശേഷ മനസേവേന്ദ്രിഗ്രാമ വിയമ്യസമം ദൈശനൈരുവരമേത് ബുദ്ധ്യഗൃതയാത്മസംസ്ഥം മനഃ നിദപി ചിന്തേ യോ യദോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം അതോ നിയമ്യേത ആത്മന്യവസം നശാന്തനസം കോകം സുഖമുത്തമം ഉപൈതിശാധരജസം ബ്രഹ്മഭൂതമകൾമ്ജന്നേവം സദാത്മാനം യോഗീ വിഗതകൾമേന ബ്രഹ്മ സംസ്പർം അത്യന്തം സുഗമസ്നുരേതമാത്മാനൂതാത്മനി ഈഷയുക്തമാ ദർശന വ്യോമാ പശ്യതിർ മയ പശ്യതി പ്രണമ സ ചേന പ്രണശ്യതിർൂധസ്ഥിതം വ്യോമാ അജത്യേകത്തമസ്തി വേ സീ മയി വേത്മ്യേന സമം പശ്യതിയോർജുന സുഖം വാദി വാ ദുഃഖം ോ മത അർജുന ഉചയം യോഗ സ്യാ പ്രോക്ത സാര മധുസൂദന ഏതം നശ്യമേ ചഞ്ചലുവാസ് ചഞ്ചലം കിമന കൃഷ്ണ പ്രധീഫലവദം നിഗ്രഹം മഞ്ഞേ വായോരിവസു ദുഷ്കരം ശ്രീഭഗവാച അസംശയം മഹാബാഹോ മനോ ദുർഗ്രഹം ചലം അഭ്യാസന ദുഗൌന്യ വൈരാഗ്യേണ അസം യത്മനോ ദുഷ്രാപ്പേ മധീ വശ്യാത്മനുയത ശക്ോ വാതുപാദ അർജുന ഉചി ശ്രദ്ധയോടാച്ചലിമാനസാഗംസിദ്ധി കാതി കൃഷ്ണച്ച കിന്നോ ഭയവിഭ്രഷ്ട ചിന്മി വരീ അപ്രദിഷ്ടോ മഹാബാഹോ വിമോഡോ ബ്രഹ്മണ പദീ ചേന്മേ സംശയം കൃഷ്ണ ചേട്ടോമർഹസേത ത്ദന്യസംശയ ചേതുപ്രീഭവാച പാർത്തനൈവേഹ്രശത്ത വിദ്യ കളയാണദുഃഖിച്ച് ദുർഗതി താദഗതിപ്പാ്യ പുണ്യൃതാ ലോകാ ഉഷി ഷാ ശാശ്വതീ സമാഭ്രസ്ോ വിജാത അഥവാ യോഗിന കുലേ ഭതിേ ഭി ദുർഭദതരം ലോകേ ജന്മയീദൃശം സത് ബുദ്ധി സംയോ പൂർവ പൗർവേഹിം യേ ചതോഭൂയ സംസിദ്ധോ കൂരു നന്ദന പൂർവാധ്യസന തേനേശവോതിസ ജിാസുരഭിയോ അബ്ദബ്രഹ്മാതി വർത്ത പ്രയത്യതമാനസ്തൂ യോഗീ സംശുദ്ധശിൽ അനേകജന്മ സംസിദ്ധ തോയാതി പരാതി അപസ്തികോ യോഗീ ജാരിഭ്യോദോധിഗർഭ്യസ്ഥാതികോ യോഗീ തസ് യോഗീ ഭർജുന യോഗി സേവേ മദ്യന്താത്മന ശ്രദ്ധാവാൻപേ യോമാുക്തമോമത ഓ സത്സീ ശ്രീമത്ഭഗവത്ഗീദാസോ ബ്രഹ്മവിദ്യസു ബ്രഹ്മവിദ്യോസ് ശ്രീകൃഷ്ണാർജുന സംവാദേയോഗോധ്യം ഇനി ഭഗവാൻ നമ്മളെ ഇങ്ങനെയൊക്കെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയാൽ ഇനി ആ മനസ്സിനെ എവിടെ വയ്ക്കും എവിടെ വെക്കണം അത് ഭഗവാനിലേക്ക് വെക്കണം അതെങ്ങനെയാ ഭഗവാനിലേക്ക് ഉറപ്പിക്കാൻ സാധിക്കുക അതിന് സഹായിക്കുന്ന അധ്യായമാണ് ആറാമത്തെ അതിന് ധ്യാനയോഗം എന്ന് പറയും ഭഗവാൻ അർജുനനോട് ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് ആറാമത്തെ നാം ഓരോരുത്തരും ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട ഒന്നാണ് ധ്യാനം നമ്മൾ അമ്പലത്തിൽ പോയി തൊഴാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പലതും ദാനധർമാദികൾ ചെയ്യാറുണ്ട് പക്ഷേ ഇതൊന്നും ധ്യാനം ചെയ്യാത്തടത്തോളം കാലം നമ്മളെ ഉയർത്തുകയില്ല ധ്യാനം എന്നത് മനസ്സിനെ അതിന്റെ ഉറവിടമായ ഈശ്വരനുമായി കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് മാത്രല്ല ക്രമേണ ക്രമേണ അതിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് മനസ്സും ഈശ്വരനും ഒന്നാക്കി തീർക്കുന്ന കലയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉപനിഷത്തിലെ വളരെ പ്രസിദ്ധമായൊരു മന്ത്രമാണ് തത്വമസീന്ന് എവിടെ ഒരു സ്ഥലത്തെ എഴുതിവെച്ചിട്ടുണ്ടല്ലോ ശബരിമല എന്താ തത്വം അസി എന്നുള്ളത് കൊണ്ട് അർത്ഥാക്കുന്നത് അപ്പം കൗണ്ടറിൽ കിട്ടുന്നതാണോ അല്ല തത് ത്വം അസി തത് മീൻസ് തത്വം അത് അതിലുള്ള തത്വം ത്വം അസി നീ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം നീ ആകുന്നു എന്ന് പറഞ്ഞാൽ നീയും അതും ഒന്നാകും ഇത് മനസ്സിലാക്കാനുള്ളതല്ല ഇത് അനുഭവിക്കാനുള്ള അപ്പോ ത്വം എന്നത് ണിച്ചാൽ ഒരു തടാകത്തിൽ വെൻ യു ലുക്ക് അറ്റ് എ സരോവർ ഓർ എന്താ പറയുക ലേക്ക് ഈ ഫ് യു കീപ്പ് സം ഐസ് ക്യൂബ് ഓൺ ദുട്ടിൻ ദ ലേക്ക് ഓൺ ദ ഐസ് ക്യൂബ് വിൽ ഫ്ലോട്ട് ഈ ഐസ് ക്യൂബിനെ നോക്കിക്കൊണ്ട് പറയുകയാണ് തത്വ മസ്തി ചെയ്ത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഐസ് ക്യൂബിനോട് പറയാണ് തത്വം മസ്തി ചെയ്ത് ും വെള്ളവും ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഈ ഐസ് ക്യൂബുകളെല്ലാം എപ്പോഴാണ് അത് അയച്ചിരുന്നത് അത് മെൽറ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് ചേരു ഇതുപോലെ നമ്മുടെ മനസ്സിനെ നോക്കിക്കൊണ്ട് തത്വമസ്തി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഈ ചിന്തകളൊക്കെ ഐസ് ക്യൂബുകളാണ് നിൽക്കുന്നത് വെള്ളത്തിലോ ഒരു തടാകമാകുന്ന ചൈതന്യത്തിലാണെങ്കിൽ അതിലേക്കത് ക്രമേണക്കെന്നല്ലേ ഈ ലയിപ്പിക്കാനുള്ള പ്രക്രിയയാണ് ടെക്നിക്കാണ് എന്റെ ധ്യാനം എന്ന് പറയുന്നത് അപ്പൊ ധ്യാനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെത്തേഡ് ബൈ വിച്ച് യു ക്യാൻ മെൽറ്റ് യുവർ മൈൻഡ് ഇൻ ദ സോൾസ് ഓഫ് ദി മൈൻഡ് ഇതാണ് അതിന്റെ ടെക്നിക്ക് അപ്പൊ എന്തൊക്കെയാണ് അതിനെ പറയുന്നത് ഭഗവാൻ ഭഗവാൻ ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് ഒന്നാമത്തത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് അഞ്ചാമത്തെ ശ്ലോകം മനപ്പാടം പഠിക്കണം ആറാമത്തെ അദ്ദേഹത്തിൽ അഞ്ചാമത്തെ ശ്ലോകം ഉത്മനത്മാനം നനമവസാദയ ആത്മൈവത്മനോ ബന്ധു ആത്മൈവരി ഗുരാത്മന ഉദ്ധരെ ആത്മന ആത്മാനം പറഞ്ഞാൽ എന്താർത്ഥം അവനവനെ അവനവൻ തന്നെ അവ നോക്കൂ ഭാരതീയ ആധ്യാത്മികത എന്ന് പറയുന്നത് നിങ്ങളെ ഉയർത്താൻ ഒരു തേർഡ് പാർട്ടിയെ വച്ചിട്ടില്ല നമ്മളുണ്ടല്ലോ അമ്പലത്തിൽ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി പൂജാകർമ്മങ്ങൾ മറ്റൊരാൾ ചെയ്താലും നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ പൂജാരികൾ പ്രാർത്ഥിച്ചാലും പുഷ്പാഞ്ജലികൾ ചെയ്താലും നിങ്ങൾക്ക് മറ്റൊരാളുടെ മനസ്സിനെ ഉയർത്താൻ സാധ്യത മനസ്സിലാവുണ്ടോ അപ്പൊ നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നമ്മൾ തന്നെ അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിലുണ്ടല്ലോ നമുക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ വേറൊരാളെയും ആവശ്യം വെച്ചിട്ടില്ല അപ്പൊ മറ്റൊരു റിലീജിയനും നമ്മളും തമ്മിലെ വ്യത്യാസമാണ് അപ്പൊ മറ്റു റിലീജിയനിലെ ക്രിസ്ത്യൻ ഫാദേഴ്സിനും അവർ റോളുണ്ടോ ഓരോ കാര്യത്തിലും അതുപോലെ ഇസ്ലാം പണ്ഡിതന്മാർക്ക് റോളുണ്ടോ ഓരോ കാര്യത്തിലും എന്നാൽ നമ്മുടെ കാര്യത്തിൽ ഒരു ആചാര്യന്മാരുടെ പോലും ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങളെ ഉയർത്താൻ നിങ്ങൾ തന്നെ പരിശ്രമിക്കണം അപ്പൊ ഇന്ന് നമ്മൾ ഉയർന്നിട്ടില്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് അവരവർക്ക് തന്നെയാണ് സ്വയം സ്വീകരിക്കണം നമ്മളത് എന്നിട്ട് ഭഗവാൻ പറയാണ് എന്നാൽ ആത്മാനം അവസാദയിൽ അവസാദ ആത്മാനം നിങ്ങൾ തന്നെ നിങ്ങളെ പലരും ചോദിക്കുന്ന പറയുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ സാധാരണക്കാരല്ലേ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം <laughs> I can't improve myself. So I might. I'm a ordinary person now. Ok now, for this way, we win. Ok verw severation now. We had one simple and wise principle. Well, they aren't wise to wrestle with a principle. He's been만 on the principle, wife he's not ready to wrestle with control. അവർ അതർവൈസാണ് അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ ഉയർത്തണം നമ്മൾ ഒരിക്കലും നമ്മളെ താഴ്ത്തരുത് ഒരിക്കലും നമ്മൾ പറയുന്നത് സാധാരണക്കാരനല്ലേ എനിക്ക് പറ്റുമോ ഞാനൊരു പെണ്ണല്ലേ എന്റെ ജീവിതം ഇങ്ങനെയല്ലേ ഇനി ഇത്ര വയസ്സായില്ലേ ഇനി ജന്മം ഉയർത്താൻ ഈ ജന്മത്തിൽ ഇനി ധ്യാനം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഈ ജന്മം നിങ്ങൾക്ക് നിങ്ങളെ ഉയർത്താൻ സാധിക്കില്ല എന്നിട്ട് പറയുന്നു ആത്മനാ ആത്മനോ ബന്ധു നിങ്ങളുടെ ഏറ്റവും വലിയ ബന്ധു ആരാണെന്നാ പറയുന്നത് നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ഇവിടെ ആത്മാവ് തന്നെ മനസ്സ് നടത്താം കാരണം നിങ്ങളുടെ മനസ്സ് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഉയരാം അതേസമയം നിങ്ങളുടെ മനസ്സിനെ ആരാണ് ആത്മീവ രിപുരാത്മന നിങ്ങളുടെ ശത്രുവും അത് നമുക്കറിയാം നിങ്ങൾക്ക് നന്നാവണം വിചാരിക്കുന്നതും മനസ്സിലാണ് നേരത്തെ എണീക്കണം എന്ന് പറയുന്നതും മനസ്സാണ് എണീക്കണ്ട എന്ന് പറയുന്നതും മനസ്സ് തന്നെയാണ് അല്ലെ എല്ലാ മനസ്സാണ് പറയുന്നത് നന്നാവണമെന്ന് വിചാരിക്കാൻ മനസ്സിൽ തോന്നിയാൽ മതി നന്നാവണ്ട എന്ന് വിചാരിക്കാനും തോന്നണം മനസ്സിൽ തോന്നണമെന്ന് പറയാറില്ലേ അതുകൊണ്ട് ഈ ശ്ലോകം എപ്പോഴും ഓർത്തിവിക്കുക എന്നെ ഉയർത്തേണ്ട പരിപൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് എന്നിട്ട് എന്തൊക്കെ ചെയ്യണം ഭഗവാൻ പറയാനാണ് രാവിലെ നേരത്തെ എണീക്കണം ശുചോ ദേശെ പതിനൊന്നാമത്തെ ശ്ലോകം ശുചോ ദേശേ ിരമാസനമാത്മനുശ്രിതം നാദിനീജം ചൈലാജിനകുശോത്തരം ശുചോ ശുചിത്വമുള്ള ദേശേ സ്ഥലത്ത് പ്രതിഷ്ഠാപ്യ ഉറപ്പിക്കണം ഇപ്പൊ വീട്ടിലോ അല്ലെങ്കിൽ എവിടെ പോയാലും എവിടെങ്കിലും ഒരു സ്ഥലത്ത് വൃത്തിയുള്ള സ്ഥലം നോക്കിയിട്ട് പൂജാമുറി എന്നൊന്നും പറഞ്ഞില്ല എവിടെങ്കിലും ഒരു ായിട്ടുള്ള സ്ഥലത്ത് സ്ഥിരം ആത്മന സ്ഥിരമായൊരു ആസനത്തിലിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം സ്ഥിരമായൊരാസനത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരമെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു പോസ്റ്ററിലിരുന്ന് ശരീരമിളകാതെ ശരീരത്തെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ടിരിക്കണം ഞാത്തി ഉച്ചം വളരെ ഉയരത്തിലും ഇരിക്കരുത് വളരെ താഴെ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ ഇരിക്കും അർത്ഥം വളരെ ഉയരത്തിലിരിക്കരുത് എന്ന് പറഞ്ഞു സ്റ്റോളിന്റെ കോണിലോ അല്ലെങ്കിൽ ചേരുന്ന മുകളിലോ ഇരുന്ന് ധ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ പണ്ടൊരു പള്ളിയിലെ പറ്റി അബദ്ധം പോലെയോ പള്ളിയിലങ്ങനെ അവരുടെ സർമ്മൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അയാൾക്ക് ഉയരം കുറവായതുകൊണ്ട് മുന്നിലൊരു പോഡിയം വെച്ചിട്ടുണ്ട് ഈ പോഡിയത്തിലൂടെ ഇയാളെ കാണാൻ പറ്റുന്നില്ല അപ്പോ പോഡിയെടുത്ത് മാറ്റി അപ്പോഴും ആളുകൾ ഇരിക്കുന്ന തലത്തിൽ ആൾ ഇയാൾ ചെറുതാണ് ആളുകൾ നല്ല ഉയരത്തിലായിരിക്കുന്നത് അപ്പൊ ഇയാൾ എന്ത് ചെയ്തു ആളുകളൊക്കെ കൂടി ഇയാൾക്കൊരു സ്റ്റൂള് കൊണ്ടു കൊടുത്തു ഇയാൾ അതിന്റെ മുകളിൽ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി അവർ ഉറക്കെ എല്ലാവരോടും പറഞ്ഞു കർത്താവുവിനെ വിളിക്കുവിൻ അവനിൽ വിശ്വസിക്കുവിൻ അവൻ വരും അവൻ നിങ്ങളെ കൈവിടില്ല അതുകൊണ്ട് അവൻ നിങ്ങളെ രക്ഷകരാകുന്നു അവൻ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ ആവേശത്തിൽ അങ്ങനെ പ്രസംഗിച്ചതും സ്റ്റൂള് പോയി നേരെ ചെന്ന് വീഴുന്ന ഒരു അച്ചാമ്മയുടെ മടിയിലേക്കാണ് അച്ഛാമ ഉടനെ തന്നെ പറഞ്ഞു എനിക്ക് ആ വിളി കേട്ടപ്പോഴേ മനസ്സിലായി അവൻ വരും അവൻ വരും ഇത്ര വേഗം വരുമെന്ന് ഞാനും പ്രതീക്ഷിക്കില്ല കർത്താവ് വല്ലതും പറ്റിയോ എന്ന് ചോദിച്ചു കർത്താവിനോട് അതാണ് സത്യം ഇതുപോലെ നമ്മൾ ഉയരത്തിൽ കയറി ധ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ നേരെ എത്തും അത്രയും അപകടം ഉണ്ടാക്കരുത് അതുകൊണ്ട് സ്റ്റോളിന്റെ മുകളിലോ ചെയറിന്റെ മുകളിലോ കയറി ധ്യാനിക്കരുത് ചില എന്തുകൊണ്ടായിരിക്കും ഭഗവാനിതൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളുടെ അല്ല ആവേശത്തിലൊക്കെ മദ്യ മലയുടെ മുകളിലും അല്ലെങ്കിൽ എന്താണ് പാറയുടെ മുകളിലൊക്കെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ അവരറിയില്ല ഇപ്പൊ കണ്ണടച്ച് ധ്യാനിക്കുമ്പോൾ കെട്ടിമറിഞ്ഞ് വീണ് പോകുന്നു അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വലിയ ഉയരവും വലിയ സാഴ്ചയുമില്ലാത്ത ശൈലാജിര കുശോത്തരം എന്ന് വെച്ചാൽ എന്താണ് കുശപ്പുല്ലുകൊണ്ടുണ്ടാക്കിയ വല്ലതും അല്ലെങ്കിൽ പിന്നെ വല്ല മരവിരി തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പുലിത്തോല് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ അതിന് മുകളിൽ ഇരുന്ന് ധ്യാനിക്കുന്നുണ്ട് ജന്മം കണക്ക് തന്നെ പുലിത്തോർ ഈ ജന്മം കിട്ടാൻ പോണ്ടോ അപ്പൊ എന്തിനാ ഭഗവാൻ അത് പറയുന്നത് വെച്ചാൽ പുൽപ്പായിലിരുന്നൊക്കെ ധ്യാനിക്കണം അല്ലെങ്കിൽ തുണി അങ്ങനെയൊക്കെ വയ്ക്ക എന്തിനാണോ എന്നൊക്കെ പറയണത് വെച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ഒരു എനർജിയുണ്ട് അപ്പൊ നമ്മൾ വെറും നിരത്തിരുന്ന് ധ്യാനിക്കരുത് കാരണം നമ്മുടെ ്യാനിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന എനർജി മുഴുവൻ ആര് വലിച്ചെടുക്കും ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു ഊർജം ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാനാണ് അതിനെ തടയുന്ന ഒരു സാധനങ്ങളൊക്കെ ഈ പുലിത്തോളിനൊക്കെ എനർജി പിടിച്ചു നിർത്താൻ സാധിക്കുന്ന സാധനങ്ങളാണ് അതുപോലെ പുൽപ്പായ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നേരം പ്ലാസ്റ്റിക് പായയിൽ നിന്ന് ധ്യാനിക്കരുത് പറയും എന്തുകൊണ്ടുവെച്ചാൽ പ്ലാസ്റ്റിക് പായ കൊണ്ട് നമുക്ക് ധ്യാനിക്കുമ്പോ നമ്മുടെ എനർജി നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല അതൊരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കും നമ്മളിൽ കാരണം ഇത്തരം സാധനങ്ങളൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ് അപ്പൊ പണ്ട് കാലത്തുള്ള ആളുകൾ ഇതിലൊക്കെ വളരെ നിഷ്കർഷം വെച്ചിരിക്കുന്നത് കാരണം അവർക്ക് അത്രയും അറിയാമായിരുന്നു ഓരോ വസ്തുവിലുമുള്ള എനർജിയുടെ തരംഗങ്ങൾ അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ വെള്ളിപാത്രങ്ങൾ ഓട്ടുപാത്രങ്ങൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉപയോഗിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരു എനർജി ഫീൽഡ് ഉണ്ടല്ലോ അതൊരു പോസിറ്റീവ് തരംഗങ്ങൾ ഉണ്ടാക്കും മനസ്സിലായില്ലേ ഇതൊക്കെ വളരെ കണ്ടെത്തിയവരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് അതുകൊണ്ടാണ് നമ്മളോട് ധ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത് എന്നിട്ടോ ഇനിയിപ്പോൾ അത് ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അത് കിട്ടിയിട്ടേ ധ്യാനിക്കുള്ളൂ എന്ന് വെക്കരുത് എന്നാ സ്വാമിയായ കിട്ടീന്റെ ശേഷം തുടങ്ങാമെന്ന് അങ്ങനെയല്ല നമ്മൾ തുടങ്ങുക തുണി വിരിച്ചിട്ടെങ്കിലും അതിന്റെ മുകളിൽ കുറച്ചു നേരം ഇരിക്കുക അപ്പം ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഏത് ആസനത്തിൽ ഇരിക്കാനാണ് ഭത്മാസനത്തിനോ സ്ഥിരം ഏതെങ്കിലും ഒരു ആസനത്തിൽ ഇരുന്നാൽ അത് കുറച്ചു നേരം സ്ഥിരമായിട്ടിരിക്കുക അതായത് രണ്ട് മിനിറ്റ് കൂടുമ്പോ നമ്മൾ കാലം കയ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുതെന്ന് പിന്നെ ശ്രദ്ധിക്കാൻ ധ്യാനിക്കുന്നത് കാലോ കയ്യോ ആയിരിക്കും ഏതെങ്കിലും ഒരു പോസ്റ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പൊ നീതിരിക്കാൻ പറ്റിയില്ലെങ്കിൽ കാലു നീട്ടിയിട്ടെങ്കിലും ഇപ്പൊ ചിലരുണ്ടല്ലോ ഇങ്ങനെ ആടിക്കൊണ്ട് ഓക്കെ നോ പ്രോബ്ലം പക്ഷേ ധ്യാനിക്കുന്ന സമയത്ത് ആടാൻ സമ്മതിച്ചത് ഇനി എന്ത് വേണം ൈകാഗ്രം മന കൃത് യഥിത്തെ ഉപവിശ്യാസനേയുഞ്ചാ യോഗം ആത്മവിശുദ്ധേ ആദ്യം നമ്മളിരുന്നു ഇനി മന ഏകാഗ്രം കൃത്വ മനസ്സിനെ ഏതെങ്കിലും ഒരു രൂപത്തിലോ മറ്റോ ഏകാഗ്രമാക്കണം ഇനി അല്ലെങ്കിൽ ഒരു വിളക്ക് കുളത്തി വെച്ച് നമ്മുടെ ശ്രദ്ധ ആ വിളക്കിന്റെ ദീപത്തിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് അതിൽ തന്നെ മനസ്സുറപ്പിച്ചു വെക്കണം നാം അത് നോക്കുമ്പോഴല്ലോ നമ്മുടെ മനസ്സ് മറ്റല്ല ചിന്തകളെയും വിട്ട് അതിൽ തന്നെ ഏകാഗ്രമാക്കാൻ നമ്മൾ പരിശീലിപ്പിക്കണം ഏകാഗ്ര മനക്രത്വ യഥ വിത്തേന്ദ്രിയക്രിയ ഇന്ദ്രിയക്രിയകളെയൊക്കെ ഇന്ദ്രിയക്രിയ എന്ന് പറയുന്നത് മനസ്സിന്റെ ചിന്തിക്കുന്ന പ്രവൃത്തിയൊക്കെ ഒന്ന് പലതും ചിന്തിക്കുന്ന പ്രവൃത്തി ഒന്ന് പിടിച്ചു വയ്ക്കുക ഉപവിശ്വാസനെ അങ്ങനെ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ യോഗം ആത്മവിശുദ്ധയെ ഈ യോഗം അവരുടെ മനസ്സിന് വിശുദ്ധി തരും മനസ്സിന്റെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ മറ്റുള്ള ചിന്തകൾ വിട്ട് അതിനെ നമുക്ക് വേറൊന്നിലേക്ക് തിരിക്കാൻ സാധിച്ചില്ലേ അപ്പൊ വിശുദ്ധമായ നമ്മുടെ ഉള്ളിലുള്ള കളങ്കം നിറഞ്ഞ ചിന്തകളൊന്നും നമ്മുടെ മനസ്സിനെ തൊടാതെയായാൽ വിശുദ്ധിയായി മനസ്സിന്റെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാര്യങ്ങളിലേക്കോ വരാൻ പോകുന്നതിലേക്കോ മനസ്സു പോവാതെ ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിച്ചു നിർത്തിയാൽ മനസ്സിന് വിശുദ്ധിയായി അപ്പൊ മൈൻഡ് വിൽ റിമെയിൻ ഇൻ ദ പ്രസന്റ് ആണ് മനസ്സിനെ നമ്മൾ പ്രസന്റിലേക്ക് കൊണ്ടുവരിക എവിടേക്ക് പോകരുത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ധ്യാനിക്കാൻ ഇരിക്കുമ്പോഴാണ് ഓരോന്ന് ഓർമ്മ ഞാൻ അവൾക്ക് മീനാക്ഷിക്ക് ഫോൺ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നല്ലോ അപ്പൊ അവരുടെ ഫോൺ നമ്പർ അപ്പോഴേക്ക് ഓർമ്മ വന്നു അവരുടെ മകന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നു അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഒരു പ്രപ്പോസൽ ഉണ്ടെന്ന് അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ മീനാക്ഷിക്കുന്നത് രാവിലെ അഞ്ചു മണിക്ക് നോക്കൂ നിങ്ങൾ ധ്യാനിക്കാനിത പാർട്ടിയാണ് ഭഗവാനെ ധ്യാനിക്കാൻ പോകുന്നതിന് പകരം മീനാക്ഷിയുടെ മകനെ പെണ്ണ് കാണേണ്ട കാര്യം ചിന്തിക്കണം നോക്കും മനസ്സിന് അങ്ങനെയൊക്കെയുള്ള ശക്തി പ്രത്യേകത ഉണ്ട് എന്തൊക്കെ നമ്മൾ ചെയ്യാൻ നിശ്ചയിച്ചിട്ടുണ്ടോ അതിലേക്കൊക്കെ ആ സമയത്താണ് മനസ്സ് പോവുക അത് മനസ്സ് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യത്തിലേക്ക് ഒന്ന് ഇറങ്ങാതെ വിചാരിക്കുമ്പോഴോ മനസ്സ് വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ അപ്പം ഓർമ്മപ്പെടുത്തും നാ വേണ്ടാത്ത കാര്യങ്ങളെ ചിന്തിക്കുമ്പോഴോ ധ്യാനിക്കാൻ ചിന്തിക്കണം പോലെ ചിന്തിക്കുക മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല വീട്ടിലിരിക്കുമ്പം അമ്പലത്തിൽ പോവാ തോന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ ഒരു വാതിൽ അടച്ചിട്ടുണ്ടോ ഞാൻ അടച്ചിട്ടുണ്ടോ കുട്ടികൾ ഇനിയിപ്പോ എന്താ വന്നിട്ട് കഴിക്കുക ഈ കാര്യങ്ങളൊക്കെ ചിന്ത ഇവിടെ ഇരിക്കുമ്പം അവിടുത്തെ ചിന്ത മനസ്സങ്ങനെയാണ് ഒരിടത്തും ഏകാഗ്രമാക്കാൻ നമ്മളെ സമ്മതിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഞ്ചു മിനിറ്റ് ഏകാഗ്രമായോ അപ്പൊ മനസ്സിന് ഭ്രാന്തി പിടിക്കും പോവാൻ നമ്മളെ മതി എന്ന് പറയും നാമ ചെടി നോക്കുക ഒരു അഞ്ചു മിനിറ്റ് നാരായണ നാരായണ മതി എന്ന് ഇനി ബാക്കി നാളത്തില്ല എന്ന് പറയും മനസ്സിന് അങ്ങനെയൊക്കെ ചില മടുപ്പിക്കാൻ സാധിക്കും വെറുപ്പിക്കാൻ സാധിക്കും പക്ഷെ വിട്ടുകൊടുക്കരുത് ഏതെങ്കിലും നമ്മളുണ്ടല്ലോ കോംപ്രമൈസ് ചെയ്ത് എത്രത്തോളം നമ്മളത് പിടിച്ചു നിൽക്കുന്നോ നമ്മളൊരു പുതിയ വികസിപ്പിക്കാം നോക്കൂ ഓരോ കാര്യവും നിങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നത് ആവർത്തനത്തിലൂടെയാണ് ആണോ ആണോ അല്ലേ ഇപ്പൊ നമ്മൾ കേരളീയർക്ക് കേരളീയ ഭക്ഷണം കഴിച്ചിരിച്ചത് അത് തന്നെ നമ്മൾ ആവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു പക്ഷെ ഗുജറാത്തിലായിരുന്നെങ്കിലോ കേരളീയരുടെ ഭക്ഷണം നമ്മൾ കഴിക്കോ രാവിലെ തന്നെ ഒരു ഗുജറാത്തിയുടെ മുന്നിൽ പഴം പുഴുങ്ങിയത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ പുഴുങ്ങിയത് കഴിക്കാൻ കേരളീയർക്ക് മാത്രമേ പറ്റുള്ളൂ കാരണം അത് പിളി പിളി വിളി നിന്നിരിക്കുന്നത് കാണുമ്പോ തന്നെ ഇത്തിരി ബോധമുള്ളവരൊന്നും അത് കഴിക്കില്ല കാരണം നമുക്ക് നമുക്കത് കുട്ടിക്കാലത്തെ കഴുത്ത് ചീലിച്ചുകൊണ്ടി പിളിപിളിയായാലും നമുക്ക് പ്രശ്നമില്ല കാരണം നമുക്കറിയാവുന്നതാണ് അതിന്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് നോക്കുകയാണെങ്കിൽ ആ കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അവർക്ക് ആ കൾച്ചർ ഇല്ലേ അതെന്റെ ഒരു അനുഭവമാണ് ഞാനൊരിക്കലും നോർത്ത് ഇന്ത്യക്കാരുടെ കൂടെ ബി ഓൺ ആഘോഷിച്ചു അപ്പൊ ഒരു മലയാളി കുക്ക് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി തന്നു പഴം മുഴുങ്ങിയത് ഹായ് വൃത്തിയേണ്ട സാധനം ഞാനെടുത്ത് കഴിക്കുന്നത് കണ്ടപ്പോ അവർക്ക് അതിശയായി കാരണം നമ്മൾ കുട്ടിക്കാലം മുതലേ അതിന്റെ ഉള്ളിലാണ് ജനിച്ചിരിക്കുന്നത് അവർക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല അത് അവർക്ക് ആ സ്ഥിരം അവരെന്റെ വായില് അങ്ങനെ നോക്കി നിൽക്കുക ഞാനത് കഴിക്കുന്നത് കണ്ടിട്ട് അയാളാണെങ്കിൽ അവര് പാലക്കാട്ടുകാരനായിരുന്നു കയള ശർക്കര ഇട്ടിട്ടാണ് കുഴുകിയിരിക്കുന്നത് അതിന്റെ തോലിന് പോലും അതു അങ്ങനെ കറുത്ത് അതിന്റെ നിറം കൂടി ശർക്കരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പഴം തന്നെ കറുത്തിട്ട് അത് ശർക്കരയും ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും പക്ഷെ നമുക്കതൊരു പ്രശ്നമല്ലേ കാരണം നമ്മളെ ചിരിച്ച് അവർക്ക് അശീലല്ല ഇതുപോലെ നമ്മൾ ധ്യാനവും ശീലിക്കണം കോംപ്രമൈസ് ചെയ്രുതെന്ന് എന്നിട്ട് എന്ത് ഇനി സമം കായ സ്ഥിരോ ഗ്രീവം ധാരയന്ന ജലം സ്ഥിര സംപ്രേച്ച സമം കായ സ്ഥിരോ ഗ്രീവം കായം കായ എന്ന് പറഞ്ഞാൽ ഇവിടെ സാമ്പാർ ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ് അർജുനനെ ശരീരം സമം കായ സ്ഥിരോ ഗ്രീവം എന്ന് പറഞ്ഞാൽ കഴുത്ത് അപ്പം സ്ഥിരത്തും കഴുത്തും ഉടലും സമം എന്ന് പറഞ്ഞാൽ ശ്രേയ്ക്കായിട്ടിരിക്കണമെന്ന് അപ്പൊ ധ്യാനിക്കാനിരിക്കുമ്പോ നിവർന്നിരിക്കണം എന്ന് പറയുന്നത് എന്തിനാ നിവർന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കൂ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പ്രകൃതി ശക്തിയും പുരുഷശക്തിയും ചേർത്തതാണ് ഇതിനെ ഇന്നത്തെ മോഡേൺ സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കോസ്മിക് എനർജിയും കോൺഷ്യസ് എനർജിയും ചേർത്തതാണ് കോസ്മിക് എനർജിയാണ് ബോഡി കോൺഷ്യസ് എനർജിയാണ് ഉള്ളിരിവിക്കുന്ന സൈഡിന് അപ്പൊ ഉള്ളിരിവിക്കുന്ന ചൈതന്യമാകുന്ന പുരുഷശക്തിയിലേക്ക് പ്രകൃതി ശക്തിയെ നമ്മൾ ഉണർത്തിക്കൊണ്ടുവരണം അപ്പൊ പ്രകൃതി ശക്തി എന്ന് പറയുന്നത് താഴോട്ടിറങ്ങുംന്തോറും അതിൽ കാമം തുടങ്ങിയിട്ടുള്ള വികാരങ്ങളുണ്ടാവും ഈ കാമം തുടങ്ങിയിട്ടുള്ള വികാരങ്ങളൊക്കെ താഴെയാണ് ആ വികാരങ്ങളെയൊക്കെ നമ്മൾ ഈശ്വര പ്രേമമാക്കി മാറ്റുമ്പോ ആ എനർജി ആ ഊർജം പരിവർത്തനം വന്ന് പരിവർത്തനം വന്ന് എങ്ങോട്ട് വരും മുകളിലേക്ക് വരും അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് നമ്മളിലെ പ്രകൃതി ശക്തിയെ ഏത് ശക്തിയാക്കി മാറ്റണോ പുരുഷ ശക്തിയിലേക്ക് മാറ്റുന്നതാണ് പ്രക്രിയ അപ്പൊ അതുകൊണ്ട് നമ്മൾ നിവർന്നിരിക്കുമ്പോൾ ഈ പ്രക്രിയ വളരെ എളുപ്പത്തിൽ സാധിക്കും നമുക്ക് തന്നെ ഫീൽ ചെയ്യും എന്തോ നമുക്കൊരു ഭാരം കുറയുന്നതായിട്ടും അതുപോലെ തന്നെ നമുക്ക് തന്നെ തോന്നും നമുക്കൊരു ഉണർവും ഊർജ്ജവും ദിവസവും ധ്യാനിക്കുന്നവർക്ക് മനസ്സിലാവും അത് ഒരു ഉണർവും ഊർജ്ജവും കൂടുന്നതായിട്ട് അങ്ങനെ അതുകൊണ്ട് നമ്മളിൽ ഈ ശക്തിയെ ഉണർത്താൻ എങ്ങനെ ഇരിക്കണം ഒരുപാട് നിവർന്നിരിക്കണം ധാരയൻ അറ്റലം സ്ഥിരം കുറച്ചു നേരത്തേക്ക് അചലം അചനം എന്ന് പറഞ്ഞാൽ ഈ ചെയറിലൊക്കെ ഇരുന്നിട്ട് ചിലരുണ്ടല്ലോ കാലാട്ടൊന്നും അങ്ങനെയൊന്നും ധ്യാനിക്കാനിരിക്കരുത് അതുപോലെ നമ്മൾ ധ്യാനത്തിലാണെന്ന് പറയുന്നത് ധ്യാനിക്കുന്ന സമയത്ത് ശരീരത്തിന് യാതൊരുവിധ ചലനവും ഉണ്ടാവില്ല അത്ര നിവർന്നിരിക്കേണ്ടത് നമ്മൾ ഈ നിവർന്നിരിക്കാതെ ചിരിക്കുമ്പോഴാണ് നമ്മുടെ നട്ടലിന്റെ ആ ശക്തിയൊക്കെ നിങ്ങൾ കുറയ്ക്കുന്നത് നട്ടിലിന്റെ ശക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം കുറെ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നിവർന്നിരിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ശീലിക്കാത്തതുകൊണ്ടാണിതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു നമ്മൾ ഈ കേരള പൊതുവേ സൗത്ത് ഇന്ത്യയിലേക്ക് കടക്കുമ്പോഴല്ലോ കംഫേർട്ട് കുറെ കൂടുതൽ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ഈവൺ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഗുജറാത്ത് തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പൊ എത്ര കൂടീശ്വരനിച്ച നെലച്ചിരുന്നതിലെ ഭക്ഷണം കഴിക്കുന്നു നമ്മളെ ഓവർ കംഫേർട്ട് അവർ ഉപയോഗിക്കില്ല മനസ്സിലായില്ലേ നമ്മളാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലേക്ക് കടക്കുമ്പോഴല്ലോ കംഫേർട്ട് വളരെ കൂടുതലാണ് ഇവിടെ നിങ്ങൾ ഡൽഹിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല മിനിസ്റ്റർമാരുടെയൊക്കെ വീട്ടിലോ അവർ സിമ്പിളാണ് പലരും നനത്തൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം നമുക്ക് തോന്നും അവർ വളരെ ഹൈലി പോഷ് ലൈഫാണ് അപ്പം എന്തുകൊണ്ടൊക്കെ അവർ പോഷാവാത്ത അവരുടെ ജീവിതം തന്നെ അങ്ങനെയാണ് നിങ്ങൾ ഇവിടെയൊക്കെ നോക്കും നിങ്ങൾ കംഫേർട്ടുകൾ വളരെ കുറവാണ് ആളുകൾക്ക് കാരണം അവർ അതിൽ വളരെ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡാണ് അവർ അപ്പൊ നമ്മൾ ഈ മൈൻഡിന്റെ ഈ ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി വളരെ കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ടാണ് നമുക്കൊരു പ്രായമായി കഴിഞ്ഞാൽ ചമരം അടിഞ്ഞിരിക്കാൻ പറ്റാത്തത് നിങ്ങൾ ഈ ഗുജറാത്തികളുടെയൊക്കെ സപ്താഹം നോക്കിയിട്ടുണ്ടോ വലിയ വലിയ സപ്താഹങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ ടി വിയിലെ കംപ്ലീറ്റ് നിലത്തിരുന്നിട്ടായിരിക്കും അവർ ആണോ നോക്കിയിട്ടുണ്ടോ ടി വിയിലെ സംസ്കാര എത്ര പ്രായമുള്ളവരും പ്രശ്നമില്ലേ അവർക്ക് നമുക്കിരിക്കാൻ പറ്റുമോ നമ്മി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ക്രീൻ കൊണ്ടുവരേണ്ടി വരും സൂക്കിയെടുക്കാതെ നമ്മള് കാരണം നമ്മൾ അങ്ങനെ കംഫേർട്ട് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് കൊടുത്തു കൊടുത്ത് ബോഡി പിന്നെ പറഞ്ഞ അനുസരിക്കില്ല മൈൻഡ് പറയും എന്നെ പറ്റില്ല അപ്പൊ മൈൻഡ് അത്ര ശരീരത്തിനെ മുറുകെ പഠിക്കുകയാണ് ശരീരമല്ല അനുസരിക്കാത്തത് മനസ്സാണ് അപ്പൊ നമ്മൾ പരിശീലിപ്പിക്കണം കുറച്ചൊക്കെ വേദന എടുക്കും എന്നാലും വിട്ട് കൊടുക്കരുത് കോംപ്രമൈസ് ചെയ്യരുത് ഇരിക്കന്റെ മനസ്സേ കുറച്ചൊക്കെ മുട്ട് വേദനിക്ക വേദനിക്കണ്ടേ കുറെ കഴിഞ്ഞാൽ മനസ്സ് അനുസരിക്കാൻ തുടങ്ങും അപ്പൊ പിന്നെ നമുക്ക് വളരെ വളരെ തൂന്നും വളരെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് കാലിനെ എടുത്ത് എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ടായിരിക്കാം ഭഗവാൻ പറയുന്നത് കുറച്ച് നേരത്തേക്ക് ശരീരം എന്റെ പേരിൽ ഇളകാൻ സമ്മതിക്കുന്നത് നാസികാഗ്രം മൂക്കിന്റെ അറ്റത്തേക്ക് നോക്കണം എന്തിനാ മൂക്കിന്റെ അറ്റത്തേക്ക് നോക്കണത് മൂക്കിന്റെ അച്ഛത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ മൂക്കിന്റെ അറ്റം നല്ല അർത്ഥേ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഒബ്സേർവ് ദി ബ്രീത്തിംഗ് എന്നാണ് വി ഷുഡ് ഒബ്സേർവ് അവർ ബ്രീത്തിംഗ് അടുത്ത സ്റ്റെപ്പിൽ ഭഗവാൻ പറഞ്ഞതരും സ്വം ദിശസ്റ്റാനവലോകയൻ ഒരു ദിക്കിലേക്കും മനസ്സിനെ പോവാൻ അനുവദിക്കരുത് അപ്പൊ നമ്മുടെ ശ്രദ്ധ നമ്മൾ എല്ലാറ്റിൽ നിന്നും വിറ്റ് ശ്വാസത്തിലേക്ക് ശ്രദ്ധ നമുക്ക് ക്രമേണ ക്രമേണ ഒരു സത്യം മനസ്സിലാക്കാം ീ ശ്വാസം അകത്തേക്ക് വന്നു വരുന്നു ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോകുന്നു ശ്വാസം പ്രകൃതിയുടേതാണ് എന്നാൽ അതിനെ അകത്തേക്ക് കൊണ്ടുവരുന്നതും പുറത്തേക്ക് വിടുന്നതും പ്രകൃതിയല്ല ഉള്ളിലിരിക്കുന്ന പുരുഷനാണ് അപ്പൊ ഈ ശ്വാസം നിലനിർത്തുന്നത് പുരുഷനാണ് ഇതുപോലെ ഈ ശ്വാസമുള്ളതുകൊണ്ടാണ് ശരീരം നിലനിൽക്കുന്നതെങ്കിൽ എന്റെ ശരീരത്തെയും നിലനിർത്തുന്നത് പുരുഷനാണ് എന്റെ മനസ്സിനെയും നിലനിർത്തുന്നത് പുരുഷനാണ് എന്തിനേറെ എന്റെ വ്യക്തിത്വം മുഴുവൻ ഈശ്വരനാണ് പുരുഷൻ പറഞ്ഞാൽ എന്റെ വീട്ടിലെ ഭർത്താവ് എന്നുള്ള അർത്ഥത്തിലല്ല പുരുഷ എന്ന് പറഞ്ഞ ശബ്ദത്തിനർത്ഥം ഈ പുരിയിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ എന്നർത്ഥം അത് നിങ്ങൾക്ക് നിങ്ങൾ പുരുഷ സൂക്തം എന്നുള്ളൊരു സൂക്തമുണ്ട് കേട്ടിട്ടുണ്ടോ സൂക്തമാണ് അതിൽ പറയും സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവാ ഭൂമി വിശ്വദോ വൃത്വ അത്യതിലം പുരുഷയേവ ഇതം സർവം യദ്ഭൂതം മെച്ച ഇങ്ങനെയൊക്കെ നാല് വേദത്തിലും വരുന്ന ഒരു സൂക്തമാണ് പുരുഷസൂത്രം പതിനാറ് മന്ത്രങ്ങളുള്ളത് അതിൽ പറയുന്നു ആയിരം തലയുള്ള പുരുഷൻ ആയിരം കൈകളുള്ള പുരുഷൻ ആയിരം കാലുള്ള പുരുഷൻ സർവമിതം പുരുഷൻ എല്ലാം ഒരു പുരുഷനിലാണ് അപ്പൊ ഏത് പുരുഷനെ കുറിച്ചാ പറയുന്നത് ആനിനെ പറയുന്നത് എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന അപ്പൊ നമ്മൾ ഈ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോ നമുക്ക് ആരെയപ്പെടുത്തം കിട്ടും എനിക്ക് ഭാവന ചെയ്യാൻ പറ്റും ഈ ശ്വാസമകത്തേക്ക് വന്നു പോകുന്നത് കഴിവല്ല ശരീരത്തിന്റെ കഴിവല്ല ആണോ ആണോ ശരീരത്തിന്റെ കഴിവായിരുന്നെങ്കിൽ മരിച്ച ശരീരത്തിലേക്കും ശ്വാസം വന്നു പോകണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് ആ ഭഗവാനാണത് വലിച്ചെടുക്കുന്നത് ഒന്നുകൂടി നിങ്ങൾ സയന്റിഫിക്കലി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭഗവാനോട് റെസ്പെക്ട് കൂടി വരും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് പലതും വേർതിരിക്കാം സ്ഥൂല വസ്തുക്കളെ വേർതിരിക്കാം സൂക്ഷ്മ വസ്തുക്കളെ വേർതിരിക്കാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടില്ല ഉണ്ടോ എന്തൊക്കെ നമുക്ക് ബുദ്ധിയുണ്ടെങ്കിലും ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് വായുവിലേക്ക് നോക്കിക്കൊണ്ട് വായുവിനിരിക്കുന്ന വ്യത്യസ്ത വായുവിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഒരുപക്ഷെ എക്വിപ്മെന്റ് കൊണ്ടൊക്കെ പറ്റുമായിരിക്കാം അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ട് നൈട്രജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പക്ഷെ കണ്ണുകൊണ്ടൊരിക്കലും സാധ്യത ഇനി വേർതിരിക്കാൻ നമ്മുടെ ബുദ്ധിക്ക് സാധ്യതയല്ല അന്തരീക്ഷത്തിലുള്ള വായുവിൽ നിന്നും ഓക്സിജൻ മാത്രം വേർതിരിച്ചുള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ആ ഉള്ളിലിരിക്കുന്ന ശക്തിയുടെ വൈഭവം എത്രയാണ് ആളുകൾ സ്മോക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ആ പുക താനകത്തേക്ക് വരുമോ ഏ പുക വലിക്കുക എന്നല്ലേ പറയാ അവരതിനെ ശക്തിയിൽ ഉള്ളിലേക്ക് വലിച്ചെടുക്കണം ഇനി ഉള്ളിലുള്ള പുകയവര് പുറത്തേക്ക് വിടുകയും വേണം ഫോഴ്സ് ഉപയോഗിക്കണം എന്നാൽ ഉള്ളിലിരിക്കുന്ന ശക്തി ശ്വാസത്തെ എടുക്കാൻ എന്തെങ്കിലും ഫോഴ്സ് ചെയ്യുന്നുണ്ടോ നോക്കൂ നിങ്ങൾ അപ്പൊ ഉള്ളിലിരുന്നു കൊണ്ട് വേർതിരിച്ചുകൊണ്ട് ശ്വാസത്തെ ഉള്ളിലേക്ക് എത്തിച്ച് ഈ ശരീരത്തെ നിലനിർത്തി വീണ്ടും വേണ്ടാത്ത ശ്വാസം പുറത്തേക്ക് വിട്ട് ഈ ശരീരത്തെ നിലനിർത്തുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ പരമപുരുഷനായ ഭഗവാനോട് നമുക്ക് എത്രത്തോളം സ്നേഹവും ആദരവും വേണം അല്ലേ ധ്യാനം ചെയ്യുന്നോറ് നമുക്ക് ആരിലേക്ക് എടുക്കും മനസ്സ് അതുകൊണ്ടായിരിക്കാം ഭഗവാൻ എവിടെ ശ്രദ്ധിക്കാൻ പറഞ്ഞത് കുറച്ചു നേരം ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞു ഇനി യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ പ്രത്യേകിച്ച് അഷ്ടാംഗയോഗം ചെയ്യുന്ന പ്രാണായാമം ചെയ്യുന്ന ആളുകൾ അവർക്കൊരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഈ ശ്വാസമാണ് അവരെ സംബന്ധിച്ച അവർ പറയുന്നത് ഈ ശ്വാസം ഭഗവാന്റെ രണ്ട് കാലുകളാണ് അതിവിടെ എത്തുന്ന സമയത്ത് ഭഗവാന്റെ ഹൃദയമായത്രയും അതുകൊണ്ടായിരിക്കും അവർ കൂടുതൽ പ്രാധാന്യം ശ്വാസത്തിന് വീണ്ടും അവർ പറയുന്നത് നിങ്ങളുടെ ശ്വാസത്തിൽ തന്നെ മന്ത്രം ഉണ്ടെന്നാണ് നിങ്ങൾ പ്രത്യേകിച്ച് മന്ത്രം ചൊല്ലേണ്ടതില്ല എന്നാണ് ദ മന്ത്രം കണ്ടീൻഡ് ദ ബ്രീത്തിങ് എന്നാണ് അവർ പറയണോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മന്ത്രം കേൾക്കാം അതിന്റെ പേരാണ് സോഹം മന്ത്രം എന്നാണ് ശ്വാസം പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ കൂർക്കം വരിക്കുന്ന സമയത്തല്ല പറയുന്നത് അപ്പം പലരും ചില മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട് അവരുടെ മന്ത്രം മറ്റുള്ളവർക്ക് അലോസപ്പെടാറുണ്ട് പല മന്ത്രങ്ങളും ഉറക്കത്തിൽ കൂർക്കം വലിയിൽ നിങ്ങളടുത്ത് കിടക്കുന്ന ആൾക്കാരെന്നൊക്കെ കേൾക്കുന്നുണ്ടാവും നമ്മുടെ കൂടെ ഒരിക്കലും അവർ ഇയാൾ വായിക്കാൻ വന്നിട്ട് ഞാൻ ഇയാളുടെ കൂർക്കം റെക്കോർഡ് ചെയ്ത് വെച്ച് രാത്രി പിറ്റേ ദിവസം ഇയാളെ കേൾപ്പിച്ചു പോയി ഇയാൾ ചോദിക്കാണ് ഏത് ട്രെയിനാണ് അവൻ പറയേണ്ട ആവശ്യമില്ല കൂർക്കത്തിന്റെ ശക്തി ഉണ്ടെന്ന് അത്ര ഗംഭീരമായിരുന്നു ഇതുപോലെ നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ചാൽ അതിലും ഒരു മന്ത്രം കണ്ടെയിന്റ് ആണെന്നാണ് പറയുന്നത് ഏതായാലും നിൽക്കട്ടെ എന്നിട്ട് ഇനി എന്ത് ചെയ്യണം അടുത്തത് ഇപ്പൊ എവിടെ നമ്മുടെ കാര്യങ്ങൾ വൃത്തിയുള്ള സ്ഥലം അവിടെ എന്തെങ്കിലും ഇരിക്കാൻ സ്പ്രെഡ് ചെയ്യണം അതില് നിവർന്ന് കിടക്കണം നിവർന്ന് ഇരിക്കണം എന്നിട്ട് ശരീരം ഇളകരുത് പിന്നീട് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങൾ ഇനി എന്ത് വേണം പ്രശാന്താത്മാവിഗതധീ ബ്രഹ്മചാരീവ്രിതാം മനസ്സംയച്ചിത്തോ യുക്ത ആസീത മത്പരാ പ്രശാന്താത്മാ അയാളുടെ മനസ്സെന്തായി എല്ലാ ചിന്തകളിൽ നിന്നും മനസ്സ് ശ്രദ്ധ തിരിഞ്ഞു മനസ്സിന്റെ ശ്രദ്ധ ആരുടേക്ക് തിരിയാൻ തുടങ്ങി വികത ഭീ അയാളുടെ ഭീ വിഘതം ക്രമേണ ക്രമേണ അയാളുടെ ഉള്ളിൽ നിന്നും എന്തു ഭയം പോവും എന്തുകൊണ്ടാ ഭയം പോകുന്നത് താൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ബോധം അയാളുടെ ഉള്ളിൽ വരാൻ തുടക്കം കൂടെ ആരുണ്ട് കൂടെ ആരുണ്ട് എന്നല്ല ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് ഞാനുള്ളത് എന്നുള്ളൊരു ബോധം അയാളുടെ ഉള്ളിൽ ഉറക്കാൻ തുടക്കം അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ എന്നെ നിലനിർത്താൻ ആരുണ്ട് അപ്പൊ നമ്മുടെ വ്യക്തിത്വത്തിലൊരു മാറ്റം വരും ഞാൻ കേമനായിരുന്നു എന്നുള്ള ചിന്ത പോയി എന്നെ എല്ലാം ആക്കുന്നത് ഞാൻ ഒന്നുമല്ല എല്ലാം ഗോഡ് ഈസ് എവരിത്തിങ് ഐ ആം നഥിംഗ് എന്നത് വരും നമ്മളൊരു പാരസൈറ്റ് ഉണ്ടല്ലോ അതുപോലെ നമുക്ക് മനസ്സിലാവും ഒരു മാവിന്റെ മുകളിൽ ഒട്ടി നിൽക്കുന്ന പിടിച്ചു നിൽക്കുന്ന എന്തായാലും പറയാണി അതുപോലെ മാവ് മറിഞ്ഞു വീണാൽ അതിലൊട്ടിപ്പിടിച്ച ഇതിൽ കണ്ടി വീണുപോകും ഇതുപോലെ ഭഗവാനാകുന്ന ശക്തി പോയാൽ ഞാൻ കഴിഞ്ഞു അപ്പൊ എന്റെ പേഴ്സണാലിറ്റി മുഴുവൻ നിലനിർത്തുന്നത് ഭഗവാനാണ് ഭഗവാനാണ് ഐ ആം നത്തിങ് ഗോഡീസ് എവ്രിതിങ് ഈ ബോധം നമ്മുടെ ഉള്ളിൽ വരുമ്പോ നമ്മുടെ ഭയം വിട്ടുപോവാൻ തുടങ്ങും പിന്നെയോ ബ്രഹ്മചാരി പ്രതിഷ്ഠിത ബ്രഹ്മചാരിയായി തീരും ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം അയാള് വേറെ എവിടെയും ചാരില്ല എവിടെ ചാരും ബ്രഹ്മത്തിൽ ചാരുന്നവരെയാണ് ബ്രഹ്മചാരി ഇപ്പൊ നമ്മൾ ഭർത്താചാരിയും ഭാര്യാചാരിയും ഒക്കെയാണ് ഓരിടത്തൊക്കെ ഓരോരുത്തരിങ്ങനെ ചാരിയ്ക്കുകയാണ് മക്കളിൽ ചാരിയ്ക്കുന്നു ചിലര് ചിലർ ഷെയറിൽ ചാരിയിരിക്കുന്നു ഇത്രയും വ്യത്യാസം അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്രമേണ ക്രമേണ ബ്രഹ്മത്തിൽ ചരിക്കുന്നവരെയാണ് ചാരുന്നവരല്ലെങ്കിൽ ഞാൻ അർത്ഥം എഴുതി വെക്കരുത് വെട്ടിത്തരാണ് ബ്രഹ്മത്തിൽ ചാരുന്നവര് ബ്രഹ്മചാരി എന്നുള്ളത് ബ്രഹ്മത്തിൽ ചരിക്കുന്നവരായി തീരുമ്പോൾ നമ്മള് ബ്രഹ്മചാരികളായി പറയാണ് സ്ഥിത മനസ്സംയമ്യ മനസ്സിനെ സംയമനം ചെയ്ത് മത് ചിത്തോ ആ ചിത്തത്തിനെ എങ്ങോട്ട് തിരിക്കണം എന്നിലേക്ക് ഭഗവാൻ എന്നിലേക്ക് എന്ന് പറഞ്ഞാൽ ആത്മാവായിലേക്ക് യുക്ത ആസീത മത്പര അതിൽ ഉറപ്പിച്ചുകൊണ്ട് മത്പര എന്നെ പരമമായി കണ്ട് ഞാൻ സർവശ്രേഷ്ഠന കണ്ട് അതിൽ ഞങ്ങൾ മനസ്സിനെ ഉറപ്പിക്കുകയുള്ളൂ അപ്പൊ മനസ്സ് ക്രമേണ ക്രമേണ എവിടേക്കെത്തി ശ്വാസത്തെയും വിട്ട് ഭഗവാനിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നിട്ടോ ചുഞ്ചന്നേവം തദാത്മാനം യോഗീ നിയതമാനസാം ശാന്തിം നിർവാണപരമാ മതം താമതിഗതി ൻ ഏവം ഇപ്രകാരം യുഞ്ചൻ യുഞ്ചൻ എന്ന് പറഞ്ഞാൽ യോജിപ്പിച്ചുകൊണ്ട് മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് സദാ ആത്മാനം എപ്പോഴും ആത്മാവിൽ മനസ്സിനെ യോജിപ്പിക്കുന്ന ഒരാള് യോഗി അയാൾ ആരായി കഴിഞ്ഞു രോഗിയല്ല ദ്രോഹിയല്ല അയാള് യോഗിയാണ് അപ്പം അതിൽ അതിൽ മനസ്സുറപ്പിക്കാത്തവരൊക്കെ അല്ലെങ്കിൽ രോഗികളാണ് അല്ലെങ്കിൽ മഹാദ്രോഹികളാണ് അപ്പൊ നമ്മള് ഭഗവാനെ മനസ്സുറപ്പിച്ചാൽ മാത്രമേ യോഗ്യ അപ്രകാരം മനസ്സിനെ ഉറപ്പിച്ച് നിയതമാനത ആരാണോ മനസ്സിനെ നിയതം അതിലേക്ക് നയിക്കുന്നത് ശാന്തി അയാൾക്ക് കിട്ടും പരമശാന്തി ശാന്തി കിട്ടാൻ എന്താ വേണ്ടത് നമ്മൾ സാധാരണ എന്താ പറയാ അമ്പലത്തിൽ പോയാൽ ശാന്തി കിട്ടുന്നതാണ് ഇവിടെ ആരെടുത്തേക്കാണ് പോണ്ടത് ഭഗവാനിലേക്ക് മനസ്സിനെ തിരിച്ചാൽ അവർക്ക് വെറുതെ തിരിച്ചത് മാത്രം കാര്യമില്ല അവിടെ മനസ്സിനെ ഉറപ്പിക്കണം പെട്ടെന്നൊന്നും ഉറക്കിയില്ല അത് പ്രാക്ടീസ് കൊണ്ടേ ഉറക്കുള്ളൂ നിഹിതം നിർവാണപരമാം അവർക്ക് നിർവാണം കിട്ടും നിർവാണം എന്ന് പറഞ്ഞാൽ ആൾ അടിച്ചു പോകുന്നല്ല പറയുന്നത് സാധാരണ നമ്മൾ നിർവ്വാണം എന്നൊക്കെ പറയുമ്പോഴല്ലോ ആൾ കാറ്റുപോയി എന്നൊക്കെയാ പറയുക നിർവാണം നിർവാണം എന്ന് പറഞ്ഞാൽ അയാളുടെ സംസ്കാരങ്ങളൊക്കെ പോയി അതിലേക്ക് നിർവാണം നിർവാണം അതിൽ ലയിക്കാൻ അയാൾ എന്നിലേക്ക് തന്നെ പ്രവേശിച്ചു അപ്പൊ ഭഗവാൻ ഉറപ്പു പറയാന ഈ പ്രാക്ടീസ് ചെയ്യുന്നവര് ആരിലേക്ക് എത്തിച്ചേരും അപ്പൊ തൊഴുതുപോയത് കൊണ്ട് അവിടെ എത്തുവോ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണ്ടേ വേണോ വേണ്ടയോ ഇനി വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോവാൻ നിക്കണ്ട നാളെ രാവിലെ എണീറ്റ് തുടങ്ങിക്കോളൂ മനസിലായില്ലേ നേരത്തെ എണീക്കണം കുറച്ചുനേരം ഇരുന്ന് ധ്യാനിച്ചേ അടങ്ങുള്ളൂ എന്നുള്ളൊരു മനസ്സ് വെക്കണം അതിനൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത് ഇനി റൂമിലിരുന്ന് ധ്യാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നേരത്തെ വരിക ഈ ഹാളിൽ ഇരുന്നിട്ട് കുറച്ചു നേരം ഇരുന്ന് ധ്യാനിക്കുക അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാം നമ്മൾ കിടന്നുറങ്ങി സമയം കളയരുത് മനസ്സിലായില്ലേ മാക്സിമം നമ്മള് യൂട്ടിലൈസ് ചെയ്യുക നിങ്ങൾക്ക് ആ മനസ്സുണ്ട് അല്ലേ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി അത് നിങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും ഇതുപോലെ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം നമ്മുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഒരു വാണിയും ശരിയാണ് അതി അസ്നൻ കൂടുതൽ കഴിക്കുന്നവനും യോഗം സാധ്യല്ല കാരണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം കൂടുതൽ വരും അതുകൊണ്ട് ഭഗവാൻ പറയുന്നു കൂടുതൽ കഴിച്ച് വയറിനെ കുഴപ്പത്തിലാക്കരുത് ഒരു ആവറേജ് ഭക്ഷണം കഴിക്കാൻ ഒരു മിതവ്യം കാണിക്കണം പിന്നെ പറയാണ് ഏകാന്തം ഇവിടെ ഏകാന്തം എന്ന് പറഞ്ഞാൽ തീരെ കഴിക്കാത്തവനും യോഗം താത്യല അപ്പൊ എന്തെങ്കിലുമൊക്കെ കഴിച്ചോളാം കഴിക്കാത്തവൻ യോഗം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ചിന്ത മുഴുവൻ ഭക്ഷണത്തെ അതിനേക്ക് മനസ്സ് പോകും നിങ്ങൾ ഏകാദശി നോൽക്കുന്ന പോലെ ആയിരിക്കും ഒന്നും കഴിച്ചില്ലല്ലോ കഴിച്ചില്ലല്ലോ കഴിച്ചില്ലല്ലോ എന്നുള്ള ചിന്ത കൂടുതൽ കഴിക്കാത്തവനും പാടില്ല കൂടുതൽ കഴിച്ചവനും പാടില്ല എന്നിട്ട് പറയുന്നു അതി സ്വപ്നശീല എവിടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവൻ കൂടുതൽ ഉറങ്ങുന്നവരും പറ്റില്ല ജാഗ്രത ഇവിടെ ജാഗ്രത എന്ന് പറഞ്ഞാൽ തീരെ ഉറങ്ങാത്തവരും അതായത് നമ്മളൊരു എക്സ്ട്രീം ജീവിതം നയിക്കുന്നവർക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ല കൂടുതൽ കഴിച്ചുകൊണ്ട് അവർക്കും പറ്റില്ല തീരെ കഴിക്കാത്തവർക്കും പറ്റില്ല അപ്പൊ നോക്കൂ നമ്മൾ ഈ ഏകാദശിയൊക്കെ നോൽക്കുമ്പോണ്ടല്ലോ മനസ്സിലാക്കി വെച്ചു ഏകാദശി പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഭക്ഷണം എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വയറിനെ തപിപ്പിക്കുന്നതല്ല അതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിനെ ഏകാദശത്തിലേക്ക് ഏകാദശം എന്ന് പറഞ്ഞാൽ അർത്ഥം ദശ എന്ന് പറഞ്ഞാൽ പത്ത് ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇന്ദ്രിയങ്ങളെയും ഒരു മനസ്സിനെയും അതിനെയൊക്കെ ഏകാഗ്രമാക്കുന്നതിനെയാണ് ഏകാദശി ആരിലേക്ക് അതിനെ ഉപവസിപ്പിക്കലാണ് ഉപവസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പമാവിൽ വസിക്കുക നല്ല അർത്ഥം ഉപ വസിക്കുക ആരില് ഭഗവാനിൽ ഇതൊക്കെയാണ് അതിന്റെ സൂക്ഷ്മാർത്ഥങ്ങൾ അല്ലാതെ നമ്മള് അപ്പൊ ഞാൻ തിരുവാതിര നോറ്റു ഏകാദശി നോറ്റു ഇതൊന്നും കണക്കിലെടുക്കുന്നില്ല കേട്ടോ നിങ്ങൾ വിചാരിക്കേണ്ട ഒക്കെ ശിവൻ എഴുതി വയ്ക്കുന്നുണ്ടോ ദേവകീക്കുട്ടി ഇപ്രാവശ്യം ഏകാദശി നോക്കിയിട്ടുണ്ട് പാർവതി പ്രാവശ്യം അത് നോക്കിട്ടുണ്ട് വരുമ്പോൾ ശരിയാക്കി തരാം ഭഗവാൻ എന്താ അവിടെ ഇരുന്നുണ്ട് നിങ്ങൾക്ക് കണക്ക് പറഞ്ഞിരുമോ പത്ത് തിരുവാതിര നോക്കിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും മനസ്സ് ഉയരാൻ പോകുന്നില്ല മനസ്സിനെ ഉയർത്തണമെങ്കിൽ ഇതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ എന്റെ ശ്രദ്ധ ആരിലേക്ക് തിരിക്കണം എന്നിട്ട് ഭഗവാൻ പറയുന്നു അതുകൊണ്ട് ഒരു ജീവിത രീതി പറഞ്ഞതേ ഭഗവാൻ വളരെ ഒരു ലോജിക്കലായിട്ട് യുക്താഹാര വിഹാരുക്തേഷ്ടുക്തസ്വപ്നാവബോധ്യ യോഗോഭവതി ദുഃഖ യോഗ ഈ യോഗം കൊണ്ട് ദുഃഖ ദുഃഖമില്ലാതെ ജീവിക്കാം ഇന്നത്തെ ചെറുപ്പക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ദുഃഖമില്ലാതെ ജീവിക്കാം ടെൻഷൻ ഇല്ലാതെ ജീവിക്കാം വലിയ വർഗീറ്റില്ലാതെ ജീവിക്കാം ആർക്ക് യുക്ത ആഹാരം എന്ന് വെച്ചാൽ ആഹാരത്തിന് നമുക്കൊരു സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ടല്ലോ ഇൻവോൾവ്മെന്റ് ഉണ്ട് യുക്ത കുറച്ചൊക്കെ നമുക്ക് സൊസൈറ്റിയിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ഇടപഴകണം യുക്ത കർമ്മസു അവന്റെ കർമ്മരംഗങ്ങളിൽ അവൻ ഇടപഴകണം ഇനി ഇതുപോലെ തന്നെ യുക്ത സ്വപ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ സമയം ചെലവഴിക്കുന്നു നിങ്ങൾ എന്താണ് മറ്റുള്ള സമൂഹത്തിലുമായി സമൂഹത്തിലുമായി ഇടപഴകാൻ സമയം കണ്ടെത്തുന്നു അതുപോലെ തന്നെ അവനവന്റെ കർമ്മരംഗങ്ങളിൽ സമയം ചെലവഴിക്കുന്നു അതുപോലെ ഉറങ്ങാൻ സമയം ചെലവഴിക്കുന്നത് അവബോധ്യ എന്തിനും കൂടി സമയം ചെലവഴിക്കുക കുറച്ചു നേരം ബോധം തെളിയാൻ ഏത് ബോധം എന്നെ നിലനിർത്തുന്നത് ഭഗവാനാണെന്നുള്ള ബോധത്തിലേക്ക് തിരിയുന്നതിനെയാണ് അവബോധം ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ട് ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ നാരായണീയ തുടങ്ങുന്നത് ഇങ്ങനെയാണ് താന്ദ്രാനന്ദ അവബോധം ആരെക്കുറിച്ചുള്ള ബോധ വേണ്ടത് താന്ദ്ര ആനന്ദ അവബോധം നിറഞ്ഞിരിക്കുന്ന ആനന്ദമായിരിക്കുന്ന ഭഗവത് സ്വരൂപത്തെക്കുറിച്ചുള്ള അവബോധം അത് നമ്മൾ വെക്കുകയാണെങ്കിൽ ഭഗവാൻ പറയാണ് അങ്ങനെയുള്ള യോഗം കൊണ്ട് ദുഃഖ അവർക്ക് എന്തുണ്ടാവില്ല ദുഃഖം ഉണ്ടാവില്ല അപ്പൊ ദുഃഖം എന്ന് ചോദിച്ചു ഇന്നത്തെ സമൂഹം നോക്കും നമ്മുടെ കുട്ടികളുടെയൊക്കെ ജീവിതം രാവിലെ എണീക്കുന്നു ഉളി കഴിഞ്ഞു ഡ്രസ്സ് മാറ്റി ഊണ് കഴിക്കുന്നു ഓടുന്നു അത് കഴിഞ്ഞ് ഓഫീസിൽ പോയി മനസ്സൊക്കെ ആകതിൽ തന്നെ മുഴുകി അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു വീണ്ടും കിടന്നുറങ്ങുന്നു അല്പം പോലും ഒരു സമയം ഒന്ന് ഈശ്വര ബോധത്തിലേക്ക് തിരിയാനവർ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് എന്താ കുഴപ്പമുണ്ടാക്കുന്നത് അവരുണ്ടാക്കി വെക്കുന്ന സംസ്കാരത്തിന്റെ ആ ഒരു തീവ്രത ഉള്ളിൽ നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞ് ആ സംസ്കാരം പിന്നൊരിക്കലും അവരെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിക്കാൻ സമ്മതിക്കില്ല ഇരിക്കുമ്പോഴൊക്കെ അവർക്ക് കമ്പ്യൂട്ടറും അവരുടെ ഉത്തരവാദിത്വവും അവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും ഓർമ്മ വരിക കുട്ടികൾക്ക് കൂടുതൽ രോഗങ്ങളും വിഷമങ്ങളും ഉള്ളത് മുക്കു നിങ്ങൾ ഭഗവാൻ അത്ര ക്ലിയറായിട്ടാണ് പറയുന്നത് കുറച്ച് സമയം എന്തിനു കൂടി വേണ്ടി ചെലവഴിക്കാം അവബോധത്തെ ഒന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെലവഴിക്കൂ എന്നിട്ടോ ഇനി ഭഗവാൻ വീണ്ടും തുടങ്ങുകയാണ് നേരത്തെ പറഞ്ഞു നിർത്തിയില്ലേ അതിന്റെ കണ്ടിന്യൂഷൻ പറയണം യഥാവിനിയതം തിഷ്ട്രഹസ്തരിവകാമേദ്യോ യുക്തേട്ടതാ യഥാ വിനീയതം ചിത്തം ഇങ്ങനെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശ്രദ്ധ തിരിച്ച് വിനീതം വിനീതം എന്ന് പറഞ്ഞാൽ വേർതിരിച്ചു കൊണ്ടുവന്നു ലോക ചിന്തയിൽ നിന്നൊക്കെ ലൗകിക ചിന്തയിൽ നിന്നൊക്കെ നിങ്ങൾ അടർത്തിയെടുത്ത് കൊണ്ടുവന്ന് വിനീതം ചിത്തം ആത്മനി ഏവ എവിടെ ഉറപ്പിക്കാൻ പറ്റി ഇനി ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പറയുകയാണ് നിസ്പൃഹ മനസ്സിനെ അനുവദിക്കരുത് നിസ്പൃഹം കാണിക്കാൻ നിസ്പൃഹ സ്പൃഹം എന്ന് പറഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ആഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അനുവദിക്കരുത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അമ്പലത്തിലൊക്കെ പോയാൽ നമുക്ക് പറ്റുന്ന വീഴ്ച അതാണ് നമ്മൾ അമ്പലത്തിലൊക്കെ എത്തി ഭഗവാന്റെ വിഗ്രഹത്തിലെത്തുന്ന ആ നോട്ടം കൊണ്ടൊരു നിമിഷം കണ്ണടത്താലും ഇമ്മീഡിയറ്റ്ലി നമ്മുടെ മനസ്സ് ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹങ്ങൾ പറയാൻ തുടങ്ങി സ്പൃഹ വന്നു പറയാണ് സർവകാമേദ്യോ നിസ്പൃഹ എല്ലാ കാമത്തിൽ ഒട്ട മാറ്റിയെടുക്കാൻ സാധിച്ചത് ഒന്നും ആഗ്രഹിക്കാൻ ആര് സമ്മതിക്കരുത് ഇനി നമുക്ക് എന്താ വേണ്ടത് മനസ്സിനെ കൊണ്ട് ആഗ്രഹിപ്പിക്കലല്ല മനസ്സിനെ തന്നെ ലയിപ്പിക്കലാണ് അപ്പൊ പിന്നെ ആഗ്രഹിക്കാൻ പാടു മനസ്സ് ആഗ്രഹിക്കാൻ തുടങ്ങിയാൽ മനസ്സ് ഒരിക്കലും ലയിക്കില്ല അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഇനിയൊന്നും ആഗ്രഹിക്കാൻ മനസ്സിനെ സമ്മതിപ്പിക്കരുത് യുക്തയുക്തിച്ചത് അവരാണ് യുക്തന്മാര് എന്ന് പറയുന്നത് പാരായുക്തന്മാര് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് നമ്മൾ അമ്പലത്തിലൊക്കെ പോയാൽ നമ്മളൊരു നിമിഷം കണ്ണടയ്ക്കുമ്പോഴേക്കും നമുക്കുള്ള ആഗ്രഹങ്ങളൊക്കെ പുറത്തേക്ക് വരാൻ തുടക്കും നമ്മൾ ഉടനെ തന്നെ ഭഗവാനിൽ നിന്നും മനസ്സാക്കന്നുപോയി ഇവിടെ നമുക്ക് വേണ്ടത് മനസ്സ് തന്നെ ഭഗവാനിലേക്ക് ചിരിക്കാനും വേണ്ടത് ലയിച്ചു പോവുക വേണ്ടത് അങ്ങനെ ലയിക്കാൻ തടസ്സം നിൽക്കുന്നതാണ് മനസ്സിൽ പൊന്തി വരുന്ന ആഗ്രഹങ്ങൾ അപ്പം ആഗ്രഹിക്കാൻ മനസ്സിനെ സമ്മതിക്കരുത് മനസ്സിലാവുണ്ടല്ലോ അവരാണ് യുക്തന്മാരെ അപ്പൊ ധ്യാനം ചെയ്യുന്ന സമയത്ത് ചിലർ ചോദിക്കാണ്ട് എന്തിനെയാണ് ധ്യാനിക്കേണ്ടത് നിങ്ങൾ ആരെക്കുറിച്ചും ധ്യാനിക്കേണ്ടതില്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ധ്യാനിക്കാൻ ശ്രമിക്കുന്ന മനസ്സിനെ തന്നെ സമർപ്പിക്കുകയാണ് വേണ്ടത് അപ്പൊ നിങ്ങൾ സമർപ്പിക്കും തോറും നിങ്ങളില്ലേ പിന്നെ പിന്നെ ആര് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അതുകൊണ്ടാണ് ഭഗവാനെ ഹരി എന്ന് വിളിച്ചിരിക്കുന്നത് ഹരി എന്ന് പറഞ്ഞാൽ എല്ലാം ഹരിച്ചു കഴിഞ്ഞാൽ എന്താണോ ഭക്തി നിൽക്കുന്നത് ഹരി മനസ്സിലാവുണ്ടോ വല്ലതും മനസ്സിലാവുണ്ടോ നിങ്ങൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എനിക്ക് ധ്യാനിക്കണം ശ്രദ്ധിക്കും ഞാൻ പറയണത് എനിക്ക് ധ്യാനിക്കണം നിങ്ങൾ പറയുമ്പോ നിങ്ങളുടെ മനസ്സ് ഏതോ ഒരു രൂപത്തെ കാണണമെന്ന് ഉറപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെ മനസ്സ് കാണണം എന്ന് ഉറപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ജീവിതം കൊടുക്കുകയാണ് മനസ്സിലായി നമ്മൾ തിരിച്ചറിയേണ്ടത് ഏത് മനസ്സാണോ ധ്യാനിക്കാൻ ശ്രമിക്കുന്നത് ആ മനസ്സ് തന്നെ നിലനിർക്കുന്നത് ആരിലാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മനസ്സിനെ മനസ്സാണോ ധ്യാനിക്കേണ്ടത് മനസ്സിനെ ലയിപ്പിക്കുകയാണോ വേണ്ടത് ക്ലിയറാണോ നിൽക്ക് അപ്പൊ നമ്മൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഏതെങ്കിലും രൂപത്തെ കാണുകയല്ല മനസ്സിനെ ക്രമേണ ക്രമേണ അലീപിക്കലാണ് ശരി എന്നിട്ട് ഭഗവാൻ പറയുന്നു യഥാദീപോ നി ृद योगदमात्म ए न मन भगवान उदाहरण निनस यदा दीपो निवातस्थ ने എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ഇപ്പൊ ഇവിടെ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട് കാറ്റ് വന്നു കഴിഞ്ഞാൽ ആടാ നിർത്തും കാറ്റില്ലെങ്കിലോ ആ ദീപനാളത്തിന് യാതൊരുവിധ ചലനങ്ങളും ഇല്ലാതെ നിൽക്കുന്നത് നമ്മുടെ മനസ്സ് യാതൊരുവിധ ചിന്തകളും ഇല്ലാതെ ആരിൽ തന്നെ നിലനിൽക്കണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിൽ തന്നെ നിറഞ്ഞു നിൽക്കണം ഈ പ്രകാശത്തെക്കുറിച്ച് പറയാനൊരു കാരണമുണ്ട് പ്രകാശം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും ഇല്ലേ ഇതുപോലെ നമ്മൾ ഉള്ളിലും പ്രകാശത്തെ ഭാവന ചെയ്തുകൊണ്ട് പ്രകാശമോ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഭാവന ചെയ്തുകൊണ്ട് അതിലേക്ക് നമ്മുടെ മനസ്സിനെ കുറേ നേരം ലയിപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം എത്ര സമയം നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ അത്രയും നിങ്ങളുടെ ഉള്ളിൽ ഭഗവാനോടുള്ള അടുപ്പം കൂടിക്കൂടി ആ സംസ്കാരം നമ്മുടെ ഉള്ളിലേക്ക് വന്നു ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒന്ന് സംസ്കാരങ്ങളുടെ കലവറയാണ് ഓർമ്മകളുടെ കലവറയാണ് എന്ത് നിങ്ങൾ അനുഭവിച്ചോ അത് ഓർമ്മയായി മാറി അനുഭവിക്കുമ്പോഴേക്കും ഓർമ്മയായി മാറി ഈ ഓർമ്മകളാണ് നമ്മളെ എന്ത് ചെയ്യണമെന്ന് പ്രേരിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ ഭഗവാനോട് അടുക്കും അത് ഓർമ്മയായിട്ട് ഉള്ളിൽ വന്നു മെമ്മറിയായിട്ട് വന്നു വീണ്ടും നമ്മളത് പരിശീലിച്ച് പരിശീലിച്ചു വരുന്നോറും ആ ഓർമ്മയ്ക്ക് ശക്തി കൂടും ആ ഓർമ്മകൾ മനസ്സിനെ ആരിലേക്ക് അടുപ്പിക്കും മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് രാവിലെ ചായ കഴിച്ചിട്ടുള്ള മെമ്മറി നിങ്ങളുടെ ഉള്ളിൽ കൂടുതൽ കാരണം നിങ്ങൾ രാവിലെ ചായ കണ്ടാൽ നിങ്ങൾക്ക് അതിലേക്ക് ധ്യാനം പെട്ടെന്ന് വരും നിങ്ങളുടെ മനസ്സിന്റെ ആകർഷണം അതിലേക്ക് പെട്ടെന്ന് വരും ക്ലിയറാവുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ സാധനം നിങ്ങൾ സീരിയലൊക്കെ കണ്ട് ചീരിച്ചവർക്ക് വേഗം മനസ്സിലാവും ആ കൃത്യസമയത്ത് സീരിയൽ കണ്ട് ചീരിച്ച് ചീരിച്ചവർക്ക് ആ സമയമാവുമ്പോ പെട്ടെന്ന് ധ്യാനം വരും എന്തിനെക്കുറിച്ച് മാനസഭ അതൊരു സംസ്കാരമാണ് ഒരമ്മ വളരെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാല് ഓരോരുത്തരുടെ ജീവിതം നമുക്ക് അത്ഭുതം വരുന്നു ഒരമ്മ രാവിലെ എണീറ്റാൽ ആദ്യം ചെയ്യുന്നത് വിളക്കെടുത്തിട്ട് ടി മുന്നിൽ കാണിക്കുകയാണ് അത്ര സ്വാമി വരുന്നുണ്ടെന്നായിരുന്നു എനിക്ക് തോന്നി ഭ്രാന്തയൊക്കെ നന്നായിരുന്നു ഇത്രയൊക്കെ ഭക്തി ഉണ്ടായാലും അപകടമാണ് ആ പറയുന്നതിനോടെ നമുക്ക് ഭക്തി ഉണ്ടാവാൻ പാടുള്ളോ വ്യക്തികൾ വരും വ്യക്തികൾ പോവും അത് പ്രകൃതിയുടെ നിയമമാണ് ഈ സത്യമുണ്ടല്ലോ പരമസത്യം അതിനെ ഒരാൾക്ക് നശിപ്പിക്കാൻ സാധ്യമല്ല അതിങ്ങനെ നമ്മൾ തലമുറകളായി തലമുറകളായി കൈകാര്യം ചെയ്ത് വ്യക്തിയെ പൂജിച്ചുകൊണ്ട് എന്ത് കാര്യമുണ്ട് അതർത്ഥമില്ലാത്ത കാര്യമാണ് ആളുകൾ അതിൽ കുരുങ്ങി നിൽക്കും ആ വ്യക്തി ഏതൊരു സത്യത്തെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കടക്കാവും എത്രയോ ഋഷിമാര് വന്നു എത്രയോ ഋഷിമാര് പോയി വ്യാസരൊരിക്കലും പറഞ്ഞില്ലേ എന്നെ പൂവിട്ട് പൂജിച്ചിട്ട് വെക്കണമെന്ന് ഞാൻ എന്ത് ഭാഗവതം എഴുതി വെച്ചിട്ടുണ്ടോ പിബത ഭാഗവത രസം എന്നാണ് ഒരിക്കലും പറഞ്ഞില്ലേ വ്യാസരസം കുടിക്കണമെന്ന് ഉണ്ടോ കൃഷ്ണനോ അത് തന്നെയാണ് പറയുന്നത് എന്നെ പൂജിക്കണമെന്ന് കൃഷ്ണൻ എവിടെയും പറഞ്ഞിട്ടില്ലേ നോക്കൂ നിങ്ങൾ ഭാഗവതവും ഗീതയിലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഭഗവാൻ പറയണു എത് എത് ആചരതി ശ്രേഷ്ഠ ശ്രേഷ്ഠന്മാരാചരിച്ചതിനെ ആചരിക്കുക അർജുനനോട് അവസാനം പറയുന്നുണ്ടല്ലോ ഗീതയിൽ അവസാനം നിങ്ങക്ക് കാണാം ഞാൻ പറഞ്ഞു തരേണ്ടതൊക്കെ പറഞ്ഞു നിനക്ക് വിമർശ ചെയ്യുന്ന ശേഷേന സ്വാതന്ത്ര്യം തിരിയാണ് നീ നിന്റെ ബുദ്ധി കൊണ്ട് ഇതൊക്കെ വിമർശിച്ച് മനസ്സിലാക്കി യഥാ ഇഷ്ടത്തി തഥാഗുരു എന്നാണ് കൃഷ്ണൻ പറഞ്ഞു അത് ഫോളോ ചെയ്യണമെന്നൊന്നും എവിടെ കൃഷ്ണൻ പറഞ്ഞിട്ടില്ല അത്രയും യുക്തി കൃഷ്ണൻ പറയുന്നത് അതാണ് ഗീതയുടെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഒരു ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ അഭ്യസിക്കണം കുറച്ചു നേരത്തേക്കെങ്കിലും ഒന്നും ചിന്തിക്കാതെ മനസ്സിനെ എവിടെ പിടി സീര്യന്റെ മുന്നിലല്ല അതൊരുദാഹരണം പറഞ്ഞു എന്ന് മാത്രം ഏതിന്റെ എവിടെ ഭഗവാനെ നമ്മൾ പിളിച്ചു നിർത്തണം അങ്ങനെ നമ്മളൊരു പരിശീലനം ചെയ്യുമ്പോ പറയാണ് എന്ത് കിട്ടും യോഗിനോ യഥിത്ത ചിത്തസ്ഥ യുഞ്ചതോ അവരുടെ മനസ്സ് യുഞ്ചതോ ആരോട് യോജിച്ചോളും ക്രമേണ ക്രമേണ ക്രമേണ ഇതൊന്നും പെട്ടെന്ന് നടക്കില്ലേ അതുകൊണ്ടാണ് ഭഗവാൻ ആവർത്തിക്കുന്നത് കാരണം നമ്മുടെ സംസ്കാരം വീണ്ടും നമ്മളെ അതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരും ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കും അധിക നേരൊന്നും ധ്യാനിക്കാൻ സമ്മതിക്കില്ല ഒരു പത്ത് മിനിറ്റ് ഇരിക്കുന്ന ധ്യാനിക്കുമ്പോഴേക്കും മനസ്സ് പറയും വീട്ടുകാർക്കൊക്കെ പോകാറായിരിക്കുന്നു എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കുമെന്ന് ആണെങ്കിൽ ഓഫീസിൽ പോവാൻ നേരമായിരിക്കുന്നു എന്ന് മനസ്സ് നമ്മളെ സമ്മതിക്കില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് നിർത്തരുത് എന്ന് ഭഗവാൻ പറയണം എന്നിട്ടോ എത്ര പരമതീ ചിട്ടം നിരുദ്ധം യോഗസേവയാ എത്രമനാത്മാനം പശ്യന്നാത്മനിഷ്യതി എത്ര ഉപരമതി ചിത്തം നിങ്ങളുടെ ചിത്തം നിങ്ങളുടെ മെമ്മറി ചിത്തം എന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി എത്രത്തോളം നിങ്ങളെ ഉപരതി കാണിക്കുന്നുണ്ട് ഉപരതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മശക്തി നിങ്ങളെ ആരിലേക്ക് തിരിക്കണം അപ്പൊ ആ ഓർമ്മശക്തി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം ഞാൻ പറഞ്ഞാലും ഓർമ്മശക്തി എവിടെന്ന വരുന്നത് പ്രാക്ടീസിലൂടെ പ്രാക്ടീസിലൂടെ ഓർമ്മശക്തി നോക്കൂ ഏത് കാര്യവും നോക്കൂ നിങ്ങൾ ഡ്രൈവിംഗ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾ സംഗീതം പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിൽ അല്ലേ ഏത് കാര്യവും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിൽ പിന്നെ ഓർമ്മയാണ് നമ്മളെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾക്ക് നീന്തൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ വീണാലും നിങ്ങൾ നീന്തി വരും എവിടുന്ന് കിട്ടി നീന്തുന്ന ശക്തി നിങ്ങളുടെ ഓർമ്മയിലുണ്ട് അത് എവിടുന്ന് കിട്ടി ഓർമ്മയ്ക്ക് എവിടുന്ന് വന്നു അത് പ്രാക്ടീസിലൂടെ ഇങ്ങനെ നിങ്ങൾ ധ്യാനം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അത് നിങ്ങളുടെ ചിത്തത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ചിത്തം തന്നെ നിങ്ങളെ എങ്ങോട്ട് തിരിച്ചോളും ഇത് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാവും പലർക്കും നിങ്ങൾ തീരെ അലാ അലാം വെച്ച് എണീക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് അലാമിന്റെ ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾ അങ്ങനെ ശീലിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ശീലിക്കാത്തവരാണെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്തവരാണെങ്കിൽ എന്ത് വെച്ച് നോക്കണം അലാറം വെച്ച് നോക്കണം അത് അലറുന്നതിന് മുമ്പ് നമ്മൾ എണീറ്റിട്ടുണ്ടാവും പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഓ ഇത്ര നേരത്തെ എണീക്കേണ്ടിയില്ലായിരുന്നു അത് അലറിയതിനു ശേഷം എണീക്കാം വീണ്ടും കിടന്നുറങ്ങും പിന്നെ അത് അലറിയാലും അറിയില്ല പിന്നെ അതിനെ ചീത്ത അറിയി ആളുകളെ കാണാൻ നീക്കാം എന്തുകൊണ്ടാണത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ചീത്ത നോക്കിയിട്ടുണ്ടോ അങ്ങനെ അലാം വെക്കാതെ കിടക്കാവുന്നവരുണ്ടോ ഇത്ര പേരുണ്ട് നോക്കട്ടെ ഭൂരിപക്ഷം വളരെ വെറുതെ കൈ ഉയർത്തത് അവരെയവരുടെ കൈന്നെല്ലാം ഉയർത്തിയത് ശരി നല്ലതാണ് പ്രാക്ടീസ് നോക്കൂ പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നാണ് നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ എന്തും അസാധ്യമല്ല എന്തും സാധ്യമാണ് നമ്മൾ പരിശീലിക്കണമെന്ന് മാത്രം അത് പലരും അതിന് തയ്യാറില്ലെന്ന് പ്രത്യേകിച്ചുണ്ടല്ലോ നമ്മൾ കോംപ്രമൈസ് ചെയ്തു കാരണം ഒക്കെ വന്നോടുകൂടി നമ്മള് പറയും അത് വിളിച്ചുകൊണ്ട് അപ്റ്റിൽ ചെയ്ത് മൊബൈൽ ഫോണും കൂടി വന്നപ്പോ അതില് അച്ഛനും അമ്മയും ഒഴുകിച്ച് എല്ലാം ഒരുവിധം സൗകര്യങ്ങളൊക്കെ അതിന്റെ അകത്തായിക്കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇതിനെ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങി ഇപ്പൊ തന്നെ നോക്കൂ നിങ്ങൾ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം നമ്മുടെ ഓർമ്മ വളരെ പോയിട്ടുണ്ട് പണ്ട് നമുക്ക് മെമ്മറി ആളുകളുടെ നമ്പറും അതും കുറെ ഓർത്ത് വയ്ക്കാൻ പറ്റുവായിരുന്നു ഇപ്പൊ നമുക്ക് പേര് നോക്കണമെങ്കിൽ പോലും അച്ഛന്റെ പേര് ഒന്ന് നോക്കണല്ലോ നമുക്ക് കുറച്ചെങ്കിലും ഓർമ്മശക്തി ഉണ്ട് ഒരു കുട്ടി പറഞ്ഞത് ടീച്ചർ ക്ലൂ തരൂ എന്നാ പറഞ്ഞത് അച്ഛന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോ അത് അച്ഛന്റെ പേരിനൊരു ക്ലൂ വേണമെന്ന് പറയുമ്പോൾ കാലയ വിട്ടു നോക്കൂ കാലം മാറി ചെയ്തു അതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് അത് തന്നെയാണ് പറയുന്നത് പത്യനാത്മനി തുഷ്യതി ആത്മാവിനെ കാണും തോറും അതിനെ അനുഭവിക്കും തോറും മനസ്സിന് സന്തോഷം കൂടിക്കൂടി എന്ന് വെച്ചാൽ മനസ്സിന് സംതൃപ്തിയും മനസ്സിന് സമാധാനവും മനസ്സിനൊരു സുഖവും കൂടി വരാൻ തുടങ്ങും എന്തിന് പറയുന്നു സുഖം ആത്യന്തികം ുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം ജൈവായം തത്വ സുഖം ആത്യന്തികം എത് തത് അത് തന്നെയാണ് ഏറ്റവും വലിയ സുഖം എന്നത് സുഖം എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിന്റെ ലയം എന്നർത്ഥം നിങ്ങൾക്ക് ഏത് വസ്തുവിനിൽ സുഖം അതിൽ നിങ്ങളുടെ മനസ്സ് ലയിച്ചിരിക്കണം നിങ്ങൾ പായസം കഴിക്കുമ്പോ മധുരമുണ്ടോ അതിന് ഒരു സുഖം എന്ന് ചോദിച്ചു നിങ്ങളുടെ മനസ്സ് എത്രത്തോളം അതിന് ലയിച്ചിട്ടുണ്ടോ അപ്പൊ നിങ്ങൾക്കത് മധുരം കൂടുതൽ തോന്നും നിങ്ങൾക്ക് നല്ല പനി അവസ്ഥയാണെങ്കിൽ സുഖം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ ലയത്തിനനുസരിച്ച് നമുക്ക് അതിന്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ അല്ലെ നിങ്ങൾക്കൊരു സാധനം ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ തന്നു എന്നിട്ട് ഇങ്ങനെ കവറ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളുടെ ചുറ്റും ആളുകൾ നിങ്ങളോട് ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കാതല്ലേ എങ്ങനെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേസ് അറിയാൻ പറ്റുമോ എന്തുകൊണ്ടാണത് രാവിലെ ഒഴിച്ചാൽ ടേസ് അറിയില്ലേ നിങ്ങൾ എന്താ പറയുക ഒന്നുകിൽ നിങ്ങൾ അവിടെ നിന്നു എന്തിനാ മാറി നിൽക്കുന്നത് നോക്കിയിട്ടുണ്ടോ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തിനാ മാറി നിൽക്കുന്നത് ടേസ്റ്റ് നോക്കാനോ നമ്മുടെ ശ്രദ്ധ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവന്നാലേ നമുക്കതിന്റെ മനസ്സതിൽ ജയിച്ചാൽ അതിന്റെ രസം നമ്മൾ അറിയുള്ളൂ ഇതുപോലെ നമുക്ക് ഭഗവാന്റെ രസം അനുഭവിക്കണമെങ്കിലോ എല്ലാ കാര്യത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ച് ആരിലേക്ക് എന്നെ വരണം ഈ സുഖം ആത്യന്തികം അതുകൊണ്ട് മനുഷ്യ മനസ്സിന് മൂന്ന് തരം ലയമുണ്ട് ഒന്നാമത്തെ ലയത്തെ പറയും ഇന്ദ്രിയ ഇന്ദ്രിയങ്ങൾ തരുന്ന വസ്തുക്കളുമായിട്ടൊരു ലയണം ഉണ്ടല്ലോ നമുക്ക് രണ്ടാമത്തതിനെ പറയും നിദ്രാലയം എന്ന് പറയും അത് പറയേണ്ട ആവശ്യമില്ല ഉറക്കത്തിന്റെ സുഖം അനുഭവിക്കണമെങ്കിൽ മനസ്സതിലേക്ക് ലയിക്കണം ഇനി മൂന്നാമത്തതിനെയാണ് ആത്മലയം എന്ന് പറയുക ഏതിലേക്ക് ലയിക്കണം ആത്മാനുഭവിക്കുക അപ്പൊ ആ സുഖം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും ീങ്ങനെ നമ്മുടെ മനസ്സിനെ അതിലേക്ക് സ്നേഹിക്കാൻ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ സുഖം ആത്യന്തികം സുഖത്തിനു വേണ്ടി എവിടെയും പോകണോ ഭഗവാൻ പറയാന് ഏത് ബുദ്ധി ഗ്രാഹ്യമതീന്ദ്രിയം ബുദ്ധിക്കും എല്ലാം അതീന്ദ്രിയമാണ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളൊന്നും വേണ്ട ഇവിടെ സാധാരണ നിങ്ങൾക്ക് സുഖം കിട്ടാൻ ഇഷ്ടപ്പെട്ട വസ്തുവുമായിട്ട് നിങ്ങൾക്കൊരു അനു ചേർച്ച വരണം നിങ്ങൾക്ക് പ്രിയപ്പെട്ടൊരു സാധനവുമായി ചേർച്ച വരുമ്പോഴേ നിങ്ങൾക്ക് സുഖം കിട്ടുള്ളൂ എന്നാൽ ഇവിടെ അങ്ങനെ യാതൊന്നും നിങ്ങൾക്ക് വേണമെന്നില്ല ഇന്ദ്രിയങ്ങളെ അടച്ചുവെച്ചുകൊണ്ട് ഇന്ദ്രിയത്തിനും അതീതമായി മനസ്സിനും അതീതമായി മനസ്സിനതീതമാവുക എന്ന് പറഞ്ഞാൽ മനസ്സിന് പോലും ഉറവിടമായി നിൽക്കുന്ന ആ ഭഗവാനിലേക്ക് ജയിച്ചാൽ വേത്തി എത്ര നിങ്ങളതിനെ വേണ്ടവിത്ര അറിയുന്ന സമയത്ത് നേവ അയം ഇതിൽ നിന്ന് പിന്നെ ഒരിക്കലും മനസ്സ് പോവില്ല തത്വത ഈ തത്വത്തിൽ തന്നെ ആരെ നിന്നോളും മനസ്സ് നിന്നോളും അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മനസ്സ് ആരിൽ ഉറയ്ക്കും അത് വാനിൽ ഉറച്ച് കിട്ടാൻ തുടങ്ങും അപ്പൊ താനുറക്കില്ല നമ്മൾ അതിനുവേണ്ടി വീണ്ടും പറയും യബ്ലബ്വാചാഭരം ലാഭം മന്യദേഗം തടിതോത്ന ദുഃഖേന ിജാല്യദേം ല ചാപരം ലാഭം എം ലബ്ദ്വ എം ലബ്ദ് എന്ന് പറഞ്ഞാൽ എം ഇത് ലഭിച്ചു എം എന്ന് ഇംഗ്ലീഷ് എം എൽ എ ഇത് നമ്മൾ ലഭിച്ചു കഴിഞ്ഞാൽ ച ലാഭം നമന്യതേ ഇതിനും വലിയൊരു ലാവല്യാണ് അപ്പൊ ഏറ്റവും വലിയ ലാഭമായിട്ടാണ് ഭഗവാൻ ഏത് പറയുന്നത് ആത്മസുഖം പറയുന്നത് ഇതിനും വഴിയൊരു ലാവല്യ എന്ന് പറഞ്ഞാൽ ഇതിനും വലിയ സുഖമൊന്നും ലോകത്തിൽ ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല അത്ര വലിയ സുഖമാണ് എവിടെയിരിക്കുന്നത് അപ്പൊ നിങ്ങളൊക്കെ ബണ്ടിലോ സുഖമായിട്ടാവാ നടക്കുന്നത് മനസ്സിലായില്ലേ അത്രയും നിങ്ങളൊക്കെ റിച്ച് ആണ് നിങ്ങളൊക്കെ ക്രോർ പതിയാണ് ഏതില് അക്ഷയം അക്ഷയമായിരിക്കുന്ന സുഖം കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ അപ്പൊ നിങ്ങളോട് പറയാണ് നിങ്ങളൊക്കെ സുഖത്തിന്റെ കോടിപതിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ റോഡ് പതിയാണ് സ്വാമി എന്ന് കാരണം എനിക്ക് ആ സുഖമൊന്നും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല രണ്ടുതരം കളക്ടർമാരുണ്ട് ഒന്ന് ഡിസ്ട്രിക്ട് കളക്ടറും ഉണ്ട് രണ്ട് ബിൽ കലക്ടറും ഉണ്ട് രണ്ടുപേരും രണ്ട് യുഗത്തിലിരിക്കുന്നവരാണ് ഡിസ്ട്രിക്ട് കളക്ടറുടെ സുഖം എവിടെയിരിക്കുന്നു മറ്റേ ആൾ ആരാണ് ബിൽ കലക്ടർ അയാളുടെ സുഖം എവിടെയിരിക്കണോ കോടിപതി എവിടെയിരിക്കണോ റോട്ടിൽ ലോട്ടറി വിറ്റ് നടക്കുന്ന റോഡ് നാളെ കോടി കിട്ടും കോടി കിട്ടും അവർക്കുന്നേ വരെ കോടി കിട്ടിയിട്ടില്ല ഇതുപോലെ നമ്മളൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ആരാണ് കറോഡികളാണ് കോടികളുമായിട്ട് നടക്കുന്നവരാണ് പക്ഷേ മനസ്സുകൊണ്ട് നമ്മളൊന്നും നമ്മൾ അതിലേക്ക് എത്തുന്നില്ല ഭഗവാൻ പറയുന്നു നിങ്ങൾ എം ലദ്വാ താപരം ലാഭേ മന്യതം ഇതിനും വലിയ ലാഭം ഇല്ല എന്നാ അധികം ഇതിന് വലിയ അധികം യസ്മിൻ സ്ഥിതോ ആരാണോ ഇതിൽ ഉറപ്പിക്കുന്നത് ഗുരുണാതി ദുഃഖേനെന്ന വിചാല്യതേ ഗുരുണാദി ഗുരുനാദി ഗുരു എന്ന് പറഞ്ഞാൽ ഗുരു തരുന്ന ദുഃഖം നല്ല അർത്ഥം ഗുരു എന്ന് പറഞ്ഞാൽ വലിയത് വലിയ ദുഃഖം വന്നാൽ പോലും അയാളുടെ മനസ്സൊരിക്കലും ന വിചാല്യതേ ഇതിൽ നിന്നും ഇളകിപ്പോവില്ല എന്നർത്ഥം അതായത് ഒരിക്കലും ഇതിലേക്കൊന്ന് ഉറച്ചു കിട്ടിക്കഴിഞ്ഞാൽ എന്റെ മനസ്സിതിൽ നിന്നൊരിക്കലും പതറിപ്പോവില്ല എന്നാണ് ആര് പറയുന്നത് ഭഗവാൻ പറയുന്നത് അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കുന്ന വേണ്ടേ എന്തു ദുരന്തം വന്നാലും ഏറ്റവും വലിയ നഷ്ടം വന്നാൽ നമുക്കതൊരു നഷ്ടമായി തോന്നില്ല കാരണം നമ്മളെ സംബന്ധിച്ച് മനസ്സ് പറയും ഇതിനും വലിയ ലാഭം ഇതായിരിക്കും ഒരു പക്ഷേ പൂന്താനത്തിന് പറയാൻ സാധിച്ചത് എന്ത് ഉണ്ണികൾ മറ്റു വേണമോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്രയും ആരനുഭവിക്കുന്നുണ്ടായിരിക്കണം തന്റെ ആത്മാവായിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ അനുഭവിക്കുന്നുണ്ടായിരിക്കണം അതുകൊണ്ട് തന്റെ ഉണ്ണി മരിച്ചത് അദ്ദേഹത്തിനെ ബാധിക്കാതെ പോയി എന്ന് പറയണം നോക്കൂ ഇതൊക്കെ നമ്മൾ മനുഷ്യരെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ദുഃഖത്തിനും ഇവിടെ പരിഹാരം ഇല്ലേ അതിന് ജോലിസിലെടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ എനിക്ക് കണ്ടക ശനിയാണോ ഏഴ് ശനിയാണോന്ന് ഇന്ന് നോർത്തിലൊക്കെ ഇന്ന് ശനി മാറുന്ന ദിവസാന്നും പറഞ്ഞിട്ട് അവരാഘോഷിക്കുകയാണ് ശനിയുണ്ടോ മാറാൻ പോകുന്നു മനസ്സില്ലെന്ന് മനസ്സിലായില്ലേ ഒരു ശനി പോയാൽ വേറെ ശനി പിടിക്കാൻ ഇവരെ കാത്തിരിക്കുകയാണ് ഇതൊക്കെ മനുഷ്യന്റെ ഒരു ധാരണയാണ് ശനി പോയി അതുപോലെ കെട്ടുകെട്ടിയാൽ ശനി വരില്ല മോതിരട്ട് കഴിഞ്ഞാൽ നക്ഷത്രം പിടികൂടില്ല ആളുകൾ എന്തെല്ലാം ക്രൈസിലാണ് ഇരിക്കുന്നത് നോക്കൂ ഒരു കെട്ടുകെട്ടിയതുകൊണ്ടോ ഒരു മോതിരട്ടതുകൊണ്ടോ ഒന്നും ഇവരൊന്നും കാരണം ഇവരൊന്നും ശരീരത്തിന് അല്ല പിടിക്കുന്നത് നിങ്ങൾക്ക് ശനിദോഷം ഉണ്ട് എന്നുള്ള ശരീരമല്ല പറയുന്നത് ആണോ ശരീരാണോ പറയുന്നത് ആരാ പറയുന്നത് അപ്പൊ മനസ്സിന് വേണമെങ്കിൽ ശനിദോഷത്തിന് ജീവിക്കാം അങ്ങനെ തീരുമാനിക്കാം നിങ്ങൾക്ക് മനസ്സുകൊണ്ട് തീരുമാനിക്കാം ഒരു ശനിയും എനിക്ക് ബാധയില്ല അതെങ്ങനെ ജീവിക്കാം നിങ്ങൾക്ക് ഭഗവാൻ എന്റെയും നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളുടെ മനസ്സ് വളരെ ഹയർ ലെവലിലേക്ക് വരും നിങ്ങൾ ഗർഭപാത്രത്തിൽ എട്ട് മാസം ഒമ്പത് മാസം ഇരിക്കുന്ന സമയത്ത് ശനിയും ചൊവ്വിയല്ല നിങ്ങളെ രക്ഷിച്ചത് നിങ്ങളുടെ ശരീരത്തെ അമ്മയുടെ ശരീരവുമായി കൂട്ടിച്ചേർത്തത് ഒരു പൊക്കിൾക്കൊടി വഴി ചേർത്തില്ലേ അതൊരു നക്ഷത്രവുമല്ല ചെയ്തത് ആണോ ആണോ അവിടെ ഒമ്പത് മാസം നമ്മളെ സംരക്ഷിക്കാൻ ഈശ്വരന് സാധിക്കുമെങ്കിൽ ഇനി ഒരു നക്ഷത്രത്തിന്റെ ആവശ്യമുണ്ടോ നമുക്ക് എന്താ ആളുകൾക്ക് മനസ്സിലാവാത്ത എനിക്ക് മനസ്സിലാവുന്നില്ല അവരപ്പോഴേക്കും മോടി ഈ നക്ഷത്രത്തിന്റെ പിന്നില് അത് നോക്കാൻ അവരോടാണ് എന്നിട്ട് പിന്നെ അവര് അല്ലെങ്കിലെ ജോലിച്ചന്മാര് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നവരാണ് അവർ ഉറപ്പിച്ചു കൊടുത്തു നിങ്ങക്ക് ഏഴര ശനിയാണെന്ന് എത്ര കാലം എന്ന് രണ്ടു കൊല്ലം ഏഴര വർഷം ആ നിങ്ങത്ര ഉറപ്പുണ്ടല്ലേ ഏഴര കൊല്ലത് നോക്കൂ നിങ്ങൾ മനസ്സിലെത്ര പ്രവേശിച്ചിരിക്കണോ എന്നുള്ളത് മനസ്സങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുകയാണ് ഏഴര കൊല്ലം നിങ്ങൾക്ക് ഈ ശനി എന്നെ ശനി എന്നെ ശനി എന്നെ ഇനി ഏഴര കൊല്ലം നിങ്ങളുടെ മനസ്സ് നിങ്ങളെ വിടില്ല എന്ത് സംഭവിച്ചാലും പറയും ഭഗവാന്റെ പ്രസാദം എന്ന് പറയില്ല അത് ഏഴര ശനിയാണ് ശനിയെ കുറ്റം പറഞ്ഞ് പിന്നെ പാവം അയ്യപ്പനാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടത് എള് തിരി കത്തിച്ച് അദ്ദേഹത്തിന് പുറത്ത് പുറകെത്തിരി അടിക്കും അമ്പലങ്ങൾ കണ്ടിട്ടില്ല നമുക്ക് ശനി വന്നാൽ അദ്ദേഹത്തിന് പോകാം നോക്കൂ മനുഷ്യന്റെ അവസ്ഥ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ദൈവം പുക കൊള്ളണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ തീരുമാനം ഇങ്ങനെയൊക്കെ നമ്മൾ അന്ധമായൊരു ഭക്തിയിലും വേറൊരു കൂട്ടരുണ്ട് നാടികേരോ അടയ്ക്കുന്നത് ഇതും അതുപോലെ തന്നെ ശനി മാറാൻ നാളികേരം അടക്കുക എന്തൊക്കെ എന്തൊക്കെ അനുഭവങ്ങളാണ് അവർ ഒരമ്മ എന്റെ അടുത്ത് നാടികേരും കൊണ്ട് തന്നെ പറയാം സ്വാമി ഒഴിയണം എന്ന് ആരെയെന്ന് വെച്ചാൽ അവരെ സ്വാമി ഏതെങ്കിലും ആളെ കൊണ്ട് ഒഴിയിച്ചു കഴിഞ്ഞാൽ അവര് ശനി പോവും ഇനി അതിലും വലിയൊരു അന്ധവിശ്വാസം പടുത്ത കാലത്ത് എനിക്ക് അനുഭവപ്പെട്ടത് ഈ തിരുവനന്തപുരത്ത് ഞാൻ സപ്താഹത്തിന് പോയി അവിടുത്തെ ഏതോ ഒരു ജോലിച്ചത് ചെയ്തൊരു മഹാശോഹം ഞങ്ങൾ എഴുതി കൊടുത്തിരിക്കുകയാണ് കാളസർപ്പോഷം തീരാൻ ഈ സപ്താഹം വായിക്കുന്ന ആചാര്യനൊരു പുസ്തകവും ഒരു മുണ്ടും നൂറ്റിയൊന്ന് ദക്ഷിണി സത്യം പറഞ്ഞാൽ പത്ത് വോള്യം പുസ്തകം എന്റെ മുന്നില് കാളസർപ്പങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എനിക്കല്ല തരേണ്ടത് പറഞ്ഞ ആചാര്യന് കൊണ്ട് കൊടുക്കുമെന്ന് എന്നിട്ട് എന്താ അതിന്റെ ഒരു അർത്ഥം കൂടി ഉണ്ടെന്നാൽ ഈ ദോഷം അവർക്ക് കിട്ടും അത്ര നല്ല ആൾക്കും കൊണ്ടു തന്നത് അവർക്ക് കണ്ടെത്താൻ പറ്റിയ ഒരാള് ഞാൻ അവരോട് പലരോടും പറഞ്ഞു എന്നെ ഏൽപ്പിക്കുന്ന കാരണം എന്നെ ചെനി പിടിക്കാത്ത ഒരാളാണ് തിരിച്ചു കൊണ്ടുപോയിക്കോളാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാ തിരിച്ചു വരും വേറെ വല്ല ആചാരനും കൊണ്ടു കൊടുക്കും അവരോട് പറയാൻ അത്ര ആളുകളിലേക്ക് അന്ധവിശ്വാസം കുത്തിച്ചെടുത്തതാണ് നമ്മുടെ ജോജന്മാർ മനസ്സിലായില്ലേ പാവം എത്ര ഒരു അമ്മ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള പുസ്തകങ്ങളൊക്കെ ഇതാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇതൊന്നും കാര്യൽ ഈ പുസ്തകമൊന്നും ഒരാൾക്ക് തന്നതുകൊണ്ട് ഒരു സർപ്പദോഷത്തൊന്നും രക്ഷപ്പെടാൻ വഴിയില്ല ഇതൊന്നും നിങ്ങളുടെ മനസ്സിനെ തളർത്താതിരിക്കണമെങ്കിൽ സർപ്പദോഷ ചിന്തയിൽ നിന്നും ഒരു ദോഷവും ബാധിക്കാത്ത വീഷണിലേക്ക് തിരിച്ചു വേണം അല്ലാതെ വഴിയില്ല അതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മളോട് പറയുന്നത് പരീക്ഷിത്ത് മഹാരാജാവിന്റെ മുന്നിൽ സക്ഷകൻ വന്നിരിക്കുമ്പോൾ നിനക്ക് കാളസർപ്പദോഷമാണ് ഭാഗവതം കൊടുക്കുമെന്നല്ല പറഞ്ഞത് ആ സർപ്പദോഷ അല്ലെങ്കിൽ സർപ്പം കൊത്തുന്നതിന് മുമ്പ് നിന്റെ മനസ്സിനെ ആത്മന്യാതായ നിഷ്കളെ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ ഉറപ്പിക്കാൻ സാധിച്ചൊരു ശാസ്ത്രമാണ് ഭാഗവതം ഇതൊക്കെ ഉൾക്കൊള്ളണ്ടേ ആളുകൾ എത്ര പറഞ്ഞാലും ശങ്കരന്തിയിലും ചെങ്ങൽ തന്നെ ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ഇപ്പൊ കേട്ട് കുരുക്ഷേത്രത്തിന് പോയാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നേരിന്ന് വീട്ടിൽ വല്ലത് സംഭവിച്ചാൽ അപ്പോ ഓടി എന്നാ നോക്കൂ എന്നുള്ളത് അപ്പോഴേക്കും അയാളെ നിരത്തി വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഏഴര എന്തായാലും ഏഴര കൊല്ലം പിന്നെ കണ്ടകശനിയാ അതെത്ര വല്ലാതെ എനിക്കറിയില്ല ഒരു കൊല്ലം രണ്ടര കൊല്ലം ഓരോ അത് എന്ത് വെച്ചിന്നറിയൂ നമുക്ക് അമ്പലഭക്തി ഉണ്ടായി നമുക്ക് ആത്മീയ ഭക്തി ഉണ്ടായില്ല നമ്മൾ ആത്മാവായ ഈശ്വരനെ ഇതൊന്നും സാധിക്കുന്നില്ല എന്നുള്ള കാര്യം കുട്ടിക്കാലത്തേന്ന് മനസ്സിലാക്കിയില്ല ദോഷങ്ങളൊക്കെ ശരീരത്തിന് സംഭവിച്ചേക്കാം പക്ഷേ ആർക്കെന്ത് ചെയ്യ മനസ്സിനുമില്ല ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒന്നും നിങ്ങൾ ചിന്തിക്കും ശരീരത്തിന് ക്യാൻസർ വന്നാൽ മനസ്സിന് ക്യാൻസർ ഉണ്ടോ ഉണ്ടോ എന്നാൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് നിശ്ചയിക്കാൻ ഞാനൊരു രോഗിയാനാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ തളർത്താം അല്ലേ എന്നാൽ ഇതൊന്നും എന്നെ സാധിക്കയില്ല നിങ്ങൾ ദൈവിക ചിന്തയിലേക്ക് തെറിഞ്ഞു കഴിഞ്ഞാൽ ഒരു രാമകൃഷ്ണ പരമസരെ പോലെയോ ഒരു രമണവാക്ഷിയെ പോലെയോ ഒക്കെ ജീവിക്കാൻ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ കുറെയൊക്കെ നമുക്ക് മാനസികമായി ഉയരാം മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ജ്യോതിഷമൊക്കെ ഒരു ശാസ്ത്രമാണത് അത് മനസ്സിനെ പേടിപ്പിക്കാനുള്ളതല്ലത് അപ്പൊ ജ്യോതിഷം നമ്മുടെ പൂർവികന്മാര് ഭാരത സംസ്കാരത്തിനെ പറയുന്നത് ആറ് ദർശനങ്ങൾ എന്നാണ് ഷഡ് ദർശനങ്ങളാണ് സാഖ്യം ജ്യോതിഷം അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് ജ്യോതിഷം അതിലൊരു അംഗം മാത്രമാണ് ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ ഇതൊക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ അതിൽ നിന്നും അകറ്റിയാൽ അതിന്റെയൊക്കെ ഇഫക്ട് നിങ്ങളിൽ കുറയെന്ന് പറയാം പക്ഷെ ജ്യോതിഷികൾ അത് മനസ്സിലാക്കിയില്ല പലരും അവരെന്ത് പറഞ്ഞു ഈ ദോഷം നിങ്ങളെ ബാധിക്കും നിങ്ങളൊരമ്പലത്തിൽ പോയി പൂജ ചെയ്ത് കഴിഞ്ഞാൽ ആ ദൈവം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നു ഒരു ദൈവത്തിനും നിങ്ങളുടെ പ്രശ്നം ഒരിക്കലും പരിഹരിക്കാനും ഇല്ല അതുകൊണ്ടാണ് ആളുകൾ അമ്പലത്തിൽ പോയി പൂജ ചെയ്താലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും തളർത്തേണ്ടതൊക്കെ തളർത്തിയിരിക്കുന്നു എവിടെയാണ് അവർ ഇമ്പ്രൂവ് ചെയ്യുന്നത് മനസ്സിലാവുന്നതല്ലോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെ ഉയർത്തണം അതുകൊണ്ട് സുഖം ആത്യന്തികം ഇതിനും വലിയ സുഖമൊന്നും യില്ല ഇനി ഭഗവാൻ പറയാണ് അതുകൊണ്ട്